യും പ്രീതനായിരിക്കുന്നു സന്തുഷ്ടനായിരിക്കുന്നു അതുകൊണ്ട് കുട്ടി നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് വെച്ചാൽ ചോദിക്കൂ വരം ചോദിക്കാൻ പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ഭഗവാനോട് മറുപടി പറയുന്നതാണ് ദശമോധ്യായം ഏഴാമത്തെ സ്കന്ധത്തിൽ പത്താമത്തെ അധ്യായം പറയുന്നു മാം മാം കാമേഷ ഭഗവാനെ എന്നെ കാമവരങ്ങൾ തന്ന് പ്രലോഭിപ്പിക്കരുത് ഞാൻ അങ്ങയിൽ നിന്ന് അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഭജിച്ചിരിക്കുന്നത് പിന്നെയോ മുമുക്ഷുത്വാം ഉപാസ മുമുക്ഷുവായിട്ട് അങ്ങയെ ഉപാ ആശ്രയിച്ചവനാണ് അതുകൊണ്ട് ആരാണ് ഭക്തൻ ആരാണ് ഭക്തനല്ലാത്തവൻ എന്ന് എന്ന് നിർവചിക്കുകയാണ് പ്രഹ്ലാദൻ അന്യദാതേ അഖില ഗുരു ശിഷ ആശാസ്തേ നൃത്യസ്സവൈവണി ആശാസാനോ നൈഭൃത്യ സ്വാമിന് ആശിഷാത്മനമീ ഭൃത്യസ്വാമിം ഇച്ഛോ യോ ഇച്ഛയോ രാജാശിഷ ആരാണ് ഭക്തൻ ആരാണ് ഭഗവാൻ ആരാണോ ഭഗവാനിൽ നിന്ന് കാമനകളൊക്കെ ചോദിക്കുന്നത് അങ്ങനെയുള്ളവനെ ഞാൻ ഭക്തൻ എന്ന് വിളിക്കില്ല കച്ചവടക്കാരെന്നേ വിളിക്കുള്ളൂ വണിക്ക് എന്നാണ് ശബ്ദം ഉപയോഗിച്ചിരിക്കും വണിക്ക് എന്ന് യാചകൻ അല്ലെങ്കിൽ കച്ചവടക്കാരൻ അപ്പൊ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് കൈനീട്ടിക്കൊണ്ട് പറയാണ് ഭഗവാനെ എനിക്കൊരു കല്യാണം കഴിപ്പിച്ച് തരണം എനിക്കൊരു ജോലി നേടിത്തരണം എനിക്കല്ലെങ്കിൽ അത് ശരിയാക്കി തരണം ഇത് ശരിയാക്കി തരണം മറ്റത് ശരിയാക്കി തരണം അതിന് ഞാൻ ആ വഴിപാട് ചെയ്യുക ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പ്രഹ്ലാദൻ കളിയാക്കിക്കൊണ്ട് പറയാണ് അവരൊന്നും ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഞാനുണ്ടില്ല അവരെയൊക്കെ ഞാൻ നമ്പർ വൺ ബിസിനസ്സുകാരുടെ ലിസ്റ്റിലേ ഉള്ളൂ ഇനി ഏതൊരു ഭഗവാനാണോ ഭക്തൻ ആവശ്യപ്പെട്ടതിനെ കൊടുക്കുന്നത് അയാളെ ഞാൻ ഭക്ത ഭഗവാനായിട്ട് കണക്കാക്കില്ല അയാളെ മറ്റൊരു യാചകനായിട്ടേ കണക്കാക്കുള്ളൂ കാരണം അയാൾ ഭക്തന്റെ അടുത്ത് നിന്ന് പലതും യാചിക്കുന്നു എന്നിട്ടല്ലേ ഭക്തന് പലതും കൊടുക്കണോ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭഗവാനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് തുടക്കത്തിൽ ഞാനും നിങ്ങളൊക്കെ ഭക്തിയിലേക്ക് തിരിയ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ തന്നെയാണ് അല്ലേ മോഹങ്ങളും പ്രതീക്ഷകളൊക്കെ നമുക്ക് സ്വയം നിറവേറ്റാൻ പറ്റാതെ വരുമ്പോ നമുക്കറിയാം ഈശ്വരന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ ഇതൊക്കെ പൂർത്തിയാവുള്ളൂ എന്ന് കാരണം ഈ ലോകത്തിൽ നമ്മളത് കാണുന്നു കഴിവുള്ളവർ പോലും പരാജയപ്പെടുന്നു പണമുള്ളവർ പോലും പരാജയപ്പെടുന്നു എല്ലാം ഉള്ളവർ പരാജയപ്പെടുന്നത് കാണുമ്പോ അപ്പൊ നമ്മുടെ മനസ്സ് പറയും ഭാഗ്യമില്ലാത്തതുകൊണ്ടാട്ടോ എന്നുള്ളത് ഈ ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ഈശ്വരന്റെ കാരുണ്യം ഈശ്വരന്റെ അനുഗ്രഹം വേണം നമ്മൾ കമ്പലത്തിൽ പോവാൻ എന്നിട്ട് പിന്നെയൊക്കെ വേറെ ആരോടല്ലല്ലോ പറയുന്നത് ഭഗവാനോടല്ലേ എന്റെ സങ്കടം പിന്നെ ഞാൻ ഭഗവാനോടല്ല അത് ആരോടാ പറയുക എന്നൊക്കെ നമ്മൾ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി ഒരു പത്ത് രൂപയൊക്കെ ഭണ്ഡാരത്തിലിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും ഭഗവാനെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് നേടിത്തരണം എന്റെ മകൻ ഇതാ ജോലിക്ക് പോവാണ് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കാൻ പോവാണ് കുഴപ്പമുണ്ടാക്കരുത് അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ജീവിതത്തിൽ ഉയർന്നു വരുന്നത് അങ്ങനെ പടി ഉയരുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം ഇങ്ങനെ യാചിക്കേണ്ട ഒരാളാണോ ഭഗവാൻ നമ്മൾ ചോദിച്ചാലാണോ ഭഗവാൻ നമുക്ക് തരുന്നത് അതോ ചോദിക്കാതെ തരാനുള്ള കഴിവും അറിവും ഭഗവാനില്ലേ എല്ലാം അറിയുന്നവനാണ് സർവജ്ഞനാണ് ഭഗവാനെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് കണ്ടറിഞ്ഞു തരാനുള്ള അറിവും കഴിവും ആർക്കുണ്ടാവണം പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലോ നമ്മൾ ചോദിക്കുന്നു എങ്കിൽ ഭഗവാന്റെ ആ സർവജ്ഞതയെ ഞാൻ ചോദ്യം ചെയ്യല്ലേ ഞാൻ വാസ്തവത്തിൽ നിന്നിക്കുകയല്ലേ ഭഗവാനെ എന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർന്ന് ചിന്തിക്കണം പക്ഷേ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ചിന്തിക്കാറില്ല ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഭഗവാനെന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാതെ തന്നെ തരാൻ കഴിയുന്ന ഒരാളാണ് ഇനി ഈ പ്രകൃതിയിലൊരു നയം ഒരു സ്വഭാവമുണ്ട് എന്ത് നാം ഡിമാൻഡ് ചെയ്യുന്നു അത് തരാൻ ആർക്കും ഇഷ്ടമല്ല എന്ത് നമുക്ക് ആവശ്യമില്ലേ അത് നമുക്ക് തരാൻ പലർക്കും ഇഷ്ടമാണ് നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും അപ്പോ ആ വീട്ടില് ഒരു മകളെ രണ്ടു മക്കളെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മകള് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പ അമ്മയോടൂറ് ഓ ഇതെന്ത് വാങ്ങിച്ചു അമ്മേ ഇതെന്ന് വാങ്ങിച്ചു അതെന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പെട്ടിയിലേക്ക് പോവും ഇതെന്റെ വീട്ടിലില്ല എന്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട് എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭതാവിന്റെ അമ്മ പറയാറുണ്ട് അങ്ങനെ സാധനം നമുക്ക് കിട്ടിയാന്നായിരുന്നു ഓ പുതിയ ടേപ്പ് റെക്കോർഡറാണല്ലേ അത് ശരി ഇനിയിപ്പൊ ഇവിടെ വേണ്ടല്ലോ അമ്മയ്ക്ക് ഏതായാലും പുതിയ ഇതും വാങ്ങിക്കാമല്ലോ ഞാനൊരു കാര്യം എന്തെടുത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനം ഇങ്ങനെ പെട്ടിയിലെടുത്ത് കൊണ്ടുപോകും ഓരോ താമസം വരുമ്പോഴും സ്വഭാവം ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഇവളിങ്ങനെ ഒരു സ്വഭാവക്കാരിയാണെന്ന് എപ്പോ അവൾ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയിക്കുന്നു ആ സമയം അമ്മ ഉള്ള സാധനങ്ങളൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാവും പിന്നെ അവളെ കാണിക്കുകയില്ല അപ്പൊ അവളിങ്ങനെ ചോദിക്കാല്ല ഞാൻ നേരത്തെ വന്ന സമയത്ത് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അതവിടെ പോയി ഏ അത് കേടുൂ റിപ്പയറിങ്ങിന് കൊടുത്തിരിക്കുകയാണെന്ന് അത് അവിടെ കൊടുത്തിരിക്കുകയാണ് ഇത് ഇവിടെ കൊണ്ടുപോയിരിക്കെങ്കിലും എക്സ്ക്യൂസ് വരുന്ന അമ്മത് കൊടുത്തില്ല ഡിമാൻഡ് ഉള്ളവർക്ക് കൊടുക്കാൻ ആർക്കും ഇഷ്ടമല്ല എന്നാൽ രണ്ടാമത്തെ മകളുണ്ടല്ലോ അവളുടെ ബാഗിലേക്ക് എന്തെടുത്തു വെച്ചാലും അവൾ തിരിച്ചു പറയും എനിക്കിത് വേണ്ട എൻ്റെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകരുത് എൻ്റെ ഭർത്താവ് പറയാറുണ്ട് ചീത്ത പറയുന്ന എൻ്റെ എന്തിനാ വരുന്നത് ചീത്ത പറയപ്പിനോട് എടുത്തോളൂ അല്ല മോളെ കൊണ്ടുപോരു എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാം പ്ലീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് യാതിച്ച് കേണ് എടുത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലേ ആർക്കെന്താവശ്യമില്ലേ അവർക്ക് നമുക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് ആർക്കെന്താവശ്യമാണോ അവർക്ക് കൊടുക്കാൻ ഒത്തിരി മടി നമ്മുടെ ഉള്ളിലുണ്ടാവും ശരിയാണോ പറയുന്നത് ഭഗവാനോട് നമ്മൾ ചോദിക്കും തോറും ഭഗവാനെ നമുക്ക് തരാൻ എന്തുണ്ടായിരിക്കണം മടി ഉണ്ടായിരിക്കണം എന്നാൽ നമ്മൾ ചോദിക്കുന്നില്ലേ നഗവാൻ പറയും ഇയാൾക്ക് പോട്ടെ അങ്ങനെ ഇവിടെ കൊടുക്കുന്നതാണ് നോക്കൂ നിങ്ങൾ പ്രഹ്ലാദ ഈ സുധാമാവിന്റെ ചരിത്രെടുത്തു നോക്കൂ അതേ ഒന്നും ചോദിച്ചില്ല ഭഗവാനോ കൊടുത്തങ്ങോട്ട് ഭഗവാൻ തന്നെ അറിയുന്നില്ലേ എത്രയോ കൊടുക്കുന്നതെന്ന് രുക്മിണീദേവി അവിടെ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ദേവിയുടെ കാര്യം കഷ്ടത്തിലാവുമായിരുന്നു അനത്രയും കൊടുക്കുമായിരുന്നു ഭഗവാൻ ആ രുക്മിണി ദേവി ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു കൺട്രോൾ വന്നത് അപ്പോഴേക്കും കയറി പിടിച്ചു കയ്യിൽ അല്ലേ ഭഗവാൻ ആർക്കാണോ ഡിമാൻഡ് ഇല്ലാത്തത് അവർക്കേ കൊടുക്കുള്ളൂ ആർക്കാണോ ഡിമാൻഡുള്ളത് അവർക്കൊരിക്കലും കൊടുക്കില്ല ഇതൊരു വലിയ സയൻസാണ് അതുകൊണ്ട് ഇനി മേലാൽ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ പത്ത് രൂപ എന്ന് പറയേണ്ട തെരിയ ഭഗവാൻ ഭഗവാനെ എനിക്കൊന്നും വേണ്ട ഉടനെ ഭഗവാൻ പറയുന്ന അവൻ ഒരായിരം ഉറുപ്യ കൊടുത്തേക്കാണ് നേരെ ആവട്ടെ മനസ്സിലായേണ്ടല്ലോ ഒരാളിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പ എൻ്റെ മകളുടെ അഡ്മിഷനൊക്കെയാണ് ആകെ ബുദ്ധിമുട്ട് എന്താ അറിയില്ല ആ വഴി എങ്ങനെ കാശ് ഒന്നും എനിക്ക് മനസ്സിലാവില്ലേ അവിടുന്ന് ഒരു വഴി തോന്നിക്കരുതെന്ന് അപ്പോൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് വേറൊരാളെ പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ തരണേന്ന് എൻ്റെ ബിസിനസ് ഒന്ന് പുരോഗതി പ്രാപിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയും കൂടി വേണം എവിടെന്നെങ്കിലും ഭഗവാനെ ഒരു വഴി അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള വഴി ഉണ്ടാക്കി തരണെന്ന് അപ്പൊ മറ്റാളിങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ ഗുരുവായപ്പ എന്റെ മോളുടെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഈ അഞ്ചു ലക്ഷം പ്രാർത്ഥിക്കുന്ന ആൾ പറയാം നീ ഒന്നും ഉണ്ടാതിരിക്കുന്നു ഭഗവാൻ കേൾക്കില്ല എന്റെ പ്രാർത്ഥനയാണ് ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കട്ടെ അപ്പൊ അവര് അപ്പൊ ദേവി മകളുടെ അഡ്മിഷൻ പ്രാർത്ഥിക്കുന്ന ആൾ ഒന്നും വേണ്ടിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പ എന്റെ വഴികളൊന്നും തുറന്നു പറയുമ്പോൾ മറ്റാള് ദേഷ്യം വിളിച്ചിട്ട് കയ്യിൽ നിന്ന് രണ്ടായിരം ഉപ്പ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ കൊണ്ട് തൊലയടാ എന്റെ രണ്ടായിരം ഞാനൊന്നും മര്യാദയ്ക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് മറ്റാളെ സന്തോഷമായിട്ട് എടുത്ത് പോവുകയും ചെയ്തു ഇതാണ് ആവശ്യമില്ലാത്തവർക്ക് ഭഗവാൻ എത്തിച്ചു തരുന്നത് ആവശ്യമുണ്ടോ ഭഗവാൻ എത്തിച്ചു തരുന്നില്ല ഡിമാൻഡ് ചെയ്തോ പോയി പറയണം ജീവിതത്തിൽ ഇതൊരു വലിയൊരു അഭ്യാസമായിട്ട് കൊണ്ടു നടക്കും ഇനിയെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ട് ഉള്ള വിഷമങ്ങളൊന്നും പറയാൻ പോകരുത് ഭഗവാനെ കാണാൻ സാധിച്ചില്ല അതന്നെ വലിയ ഭാഗ്യം പറയാൻ സാധിക്കണം അതിലപ്പുറമൊന്നും ഡിമാൻഡുകൾ ഉണ്ടാവരുത് അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷം വരും എന്താ ഒരു മനസ്സിന് വലിയൊരു സംതൃപ്തി തോന്നാൻ തുടങ്ങുന്ന പറയാണ് ഏതായാലും ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു ഏതായാലും ഭഗവാനെ അങ്ങയുടെ വാക്കുകൾ വൃതാവിലാവേണ്ട ഒരു വരം തരാ ഞാൻ അത്ര ധിക്കാരത്തോട് വേണ്ട പറയില്ല ഒരു വരം തന്നേക്കൂ അതെന്താണ് എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വന്ന് അങ്ങയെ ഞാൻ മറക്കാനിട വരികയാണെങ്കിൽ ആ ചിന്തകൾ എടുത്തു കളഞ്ഞു തന്നേക്കൂമ ായ കൽപതേ അങ്ങേ മറക്കുന്ന ചിന്തകൾ എന്റെ മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ എടുത്തൊന്ന് കളഞ്ഞു തരൂ ഗുരുവായപ്പ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം അങ്ങനെ എപ്പോഴും ഭഗവത് പ്രേമം എന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടിരിക്കട്ടെ ഞാൻ സ്മരിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അത്യന്തം പ്രീതനായി ആ കുട്ടിയുടെ പ്രാർത്ഥനയിൽ അപ്പോഴേക്കും പ്രഹ്ലാദൻ ഭഗവാനെ തൊഴുതുകൊണ്ട് പറയുന്നു നമോ ഭഗവതീരു അത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ ആ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന നരസിംഹമൂർത്തിയെ തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ വണങ്ങി നിന്നപ്പോ ഭഗവാൻ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് കുട്ടിയോട് പറയാണ് ഭോഗേന പുണ്യം കുശലേന പാപം കളേപരം കാലജവേന ഹിത്വ കീർത്തിമേശമുക്തബന്ധ കുട്ടി ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും സുഖങ്ങളെ നീ സന്തോഷമായിട്ട് സ്വീകരിക്കൂ ദുഃഖങ്ങളെ നീ കുശലതയോടുകൂടി സ്വീകരിക്കൂ തളരാത്തൊരു മനസ്സ് നിനക്കുണ്ടായിരിക്കും അങ്ങനെ നീ എന്നെ തന്നെ പ്രാപിച്ചിരിക്കും എന്ന് പറഞ്ഞ് പ്രഹ്ലാദിനെ അനുഗ്രഹിക്കുകയാണ് എന്നെ നീ പ്രാപിക്കും എന്ന വാക്കുകൾ ഭഗവാൻ ധ്രുവനോട് പറഞ്ഞിട്ടില്ല ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ധ്രുവന് പോലും കിട്ടാത്തൊരനുഗ്രഹം പ്രഹ്ലാദന് കൊടുത്തുകൊണ്ട് പറയുകയാണ് കുട്ടി ത്രിസപ്താൻ നിന്റെ ഇരുപത്തൊന്ന് തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുന്നു ആ വംശത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു അവരൊന്നും വഴിതെറ്റില്ല അവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്ന കുട്ടി അവരൊക്കെ പരിശുദ്ധന്മാരായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നിട്ട് ഭഗവാൻ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കാനായിട്ട് പ്രഹ്ലാദനോട് പറയുകയാണ് ആരാണോ ഇങ്ങനെ ഭക്തിയിൽ ജീവിക്കുന്നത് അവർക്കും ഇതുപോലുള്ള അനുഗ്രഹമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എത്ര എത്ര ചമൽ ഭക്ത പ്രശാന്ത സമദർശിന സാധവ സമദാ എവിടെ എവിടെ എന്റെ ഭക്തന്മാര് എന്നെ കീർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആ സ്ഥലങ്ങളൊക്കെ പരിശുദ്ധന്മാര് പരിശുദ്ധമായി തീർന്ന് അവരുടെ വംശവും പരിശുദ്ധമായി തീരും വളരെ ശ്രദ്ധിക്കണം ഞാനും നിങ്ങളും വീട്ടിൽ ഈ ഭാഗവതവും വിഷ്ണോ സഹസനവും ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ എന്താണ് ഭാഗ്യവും നമുക്ക് മാത്രമല്ല കിട്ടുന്നത് നമ്മുടെ വരുന്ന തലമുറകൾക്കും മുൻപ് പോയ തലമുറകൾക്കും അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് പറയാനാണ് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കേമത്വം നമ്മുടെ ആരൊക്കെയോ പൂർവികന്മാർ ചെയ്ത തപസ്സിന്റെ കുറച്ച് പുണ്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൗതിക സയൻസ് എടുത്ത് നോക്കിയാൽ തന്നതെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നിങ്ങൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഷുഗർ ചെക്കപ്പ് ചെയ്യാൻ തോന്നിയായിരിക്കുക വേഗം മനസ്സിലാവുന്നേക്ക് ഷുഗർ ചെക്കപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ ഈ രോഗം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് നിങ്ങളുടെ അച്ഛൻ ഈ രോഗമുണ്ടോ അമ്മയ്ക്ക് ഈ രോഗമുണ്ടോ മുത്തശ്ശൻ ഈ രോഗമുണ്ടോ മുത്തശ്ശിക്ക് ഈ രോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേവലം ശരീരത്തിൻ്റെ സെല്ലുകൾക്ക് ബോഡിയുടെ സെല്ലുകൾക്ക് തലമുറകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് ആധുനിക മെഡിക്കൽ സയൻസിന് അംഗീകരിക്കാമെങ്കിൽ മനസ്സുകൾക്കും മറ്റുള്ള തലമുറകളെ സ്വാധീനിക്കാനും അവരെ അനുഗ്രഹിക്കാനുമുള്ള കഴിവുണ്ട് മെഡിക്കൽ സയൻസിന് സെല്ലുകളെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ കാരണം അവർക്കത് വിഷയം അത് മനസ്സതിനും സൂക്ഷ്മമായതുകൊണ്ട് ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാനും നിങ്ങളും ഒരധ്യായം ദിവസവും വീട്ടിലിരുന്ന് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നമ്മുടെ വരുന്ന തലമുറകൾക്കുണ്ടായിരിക്കുന്ന വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പുണ്യം നമുക്ക് മാത്രമല്ല എല്ലാവർക്കുമുണ്ടെന്ന് ഭഗവാൻ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ആ പ്രഹ്ലാദിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പോയി എന്നാണ് കഥ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മപുത്രർക്ക് നാരദമഹർഷിയാണെന്ന് മറന്നു പോരുത് എവിടെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോ രാജസൂയ യാഗത്തിൽ വച്ച് പൂജിക്കുന്ന കൃഷ്ണനെ കേവലം അമ്മാവന്റെ പുത്രനായിട്ടോ സാരഥിയായിട്ടോ ദൂതനായിട്ടോ സഖാവായിട്ടോ ബന്ധുവായിട്ടൊന്നും കാണരുത് പിന്നാരായിട്ട് കാണണം ഒരു ഗുരുവിനെ പോലെ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഗുരു എന്താണോ പറയുന്നത് അതിനെ ഉൾക്കൊള്ളൂപരിയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ഗുരുവായൂരപ്പനെ ഗുരുവായി കാണണം ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ പോകുമ്പോ തനിക്ക് വേണ്ടത് ചോദിച്ചു മേടിക്കുകയല്ല ശിഷ്യൻ ചെയ്യുക ഏതൊരു പരമസത്യത്തെയാണോ ഗുരു മനസ്സിലാക്കി ജീവിക്കുന്നത് ആ പരമസത്യത്തെ തനിക്കും പറഞ്ഞു തന്നെ ഗുരുവായൂരപ്പ എന്നെ എന്ന് പറയുന്നവനായിരിക്കണം ശിഷ്യൻ ജിജ്ഞാസുവായിരിക്കണം ശിഷ്യൻ ഒരു യാചകനായി തീരരുത് പ്രിയാണ് അപ്പൊ നമ്മുടെ ഭക്തി യാചനാഭക്തിയിൽ നിന്നും ജിജ്ഞാസയുടെ ഭക്തിയിലേക്ക് എത്തണം നമ്മുടെ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുനാഥൻ എന്റെ ഗുരു ഏത് തലത്തിലെത്തിയിട്ടാണോ ജീവിതത്തെ ആസ്വദിക്കുന്നത് ആ തലങ്ങളിലേക്ക് ഗുരുവായരപ്പ എന്നെയും പിടിച്ചുയർത്തു അതിനെനിക്ക് ഉയരാൻ സാധിക്കട്ടെ ഉദ്ധവർ പറഞ്ഞതുപോലെ ഭഗവാനെ അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് വിഷമം മനസ്സിലാക്കാൻ വിഷമമുണ്ട് അതുകൊണ്ട് അങ് തലത്തിലാണോ നിൽക്കുന്നത് അവിടേക്ക് എന്നെ പിടിച്ചുയർത്തു എന്ന് പറഞ്ഞപ്പോ ആ ഭഗവാൻ ഉദ്ധവരുടെ മുന്നിൽ ഗുരുവായി തീർന്നപ്പോ ഉദ്ധവര് ഭഗവാന്റെ മുന്നിൽ ഒരു ശിഷ്യനായി തീർന്നപ്പോ ഉദ്ധവർക്ക് ഭഗവാൻ പറയുന്നത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉയരാനും സാധിച്ചു ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ കൊണ്ടുപോവണമെന്ന് പൊട്ടിക്കരഞ്ഞ് അപേക്ഷിച്ച യാചിച്ച ഉദ്ധവര് ഭഗവാനെ നാഹം തവാങ്ക്രികമലം ക്ഷണാർത്ഥമികേശവ തെക്തും സമുത്സഹേനാഥ സ്വധാമനയമാമ പി അവിടുന്ന് അവിടുത്തെ ധാമത്തിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോവണം എന്ന് അപേക്ഷിച്ച ഉദ്ധവര് ഭഗവാന്റെ മുന്നിൽ ശിഷ്യനായിത്തീർന്നപ്പോ ഭഗവാൻ പറഞ്ഞത് ഉൾക്കൊണ്ടപ്പോ അവസാനം ഭഗവാനോട് അപേക്ഷിക്കുന്നത് കൊണ്ടുപോകണം എന്നല്ല പിന്നെ പറയുന്നത് ഭഗവാനെ ഇനി എനിക്കൊരു അനുഗ്രഹം മാത്രം തന്നാൽ അതെന്താണ് അവസാനത്തെ ഉദ്ധവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഭഗവാനോട് അവിടെ പറയ ഭഗവാനോട് എനിക്ക് അനവായിനിം ഭക്തി തരൂ നശിക്കാത്ത പ്രേമം തരൂ എന്നാണ് അപ്പൊ ആ നശിക്കാത്ത പ്രേമം തരൂ എന്ന് പറയാൻ ഉള്ളൊരു പക്വത ഒത്തവർക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നാണ് അങ്ങനെയാണല്ലോ അവസാനത്തെ പ്രാർത്ഥനയിലൂടെ നമ്മൾ കാണുന്നത് അപ്പോ ഇങ്ങനെ നമ്മുടെ ഉള്ളിലും ഒരു പരിവർത്തനം ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കണം എന്നും ഒരേ പടിയിൽ നിൽക്കരുത് എ ആപ്പിൾ എന്നൊക്കെ പറയുന്നത് എൽ കെ ജിയിൽ എന്നും നമ്മൾ എം എ ഇംഗ്ലീഷിന് ചേർന്നിട്ടും എ ആപ്പിൾ എന്ന് പറഞ്ഞാലോ അത് ശരിയല്ലോ ഭക്തിയിൽ പടിപടിയായിട്ട് ഉയരണം അങ്ങനെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആരെ വേണ്ടച്ചാൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ആ പടിപടി ഉയർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ ഉയരുന്നുണ്ടോ എന്നത് ഭാഗവതം നമുക്കിങ്ങനെ വഴിയിൽ പറഞ്ഞു തരികയാണ് അപ്പൊ നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ ഭക്തിയിൽ ഉയരാണോ ചെയ്യുന്നത് അതോ ഭക്തിയിൽ താഴെയാണോ ചെയ്യുന്നത് ഭക്തി യഥാർത്ഥ ഭക്തിയാവണമെങ്കിൽ അവിടെ ശ്രവണം വേണം കീർത്തനം വേണം ഇതെല്ലാം വേണം ഭഗവാൻ ശ്രീരാമസ്വാമി പറയും ശബരിയോട് പറയും ശബരി പറയും കാട്ടുജാതിയിൽപ്പെട്ട എനിക്ക് അവിടുത്തെ എങ്ങനെയാ പൂജിക്കുക തൊഴുക നമസ്കരിക്കുക ഒന്നും എനിക്കറിയില്ലല്ലോ ഭഗവാനെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ വേദമന്ത്രം അറിയില്ല പൂജകൾ അറിയില്ല ഒന്നും അറിയില്ല വീട്ടിൽ ചെന്നിട്ട് രാമായണത്തിലെ ആ ഭാഗം എടുത്തു നോക്കുക ശബരിയു ഭാഖ്യാനം വളരെ മനോഹരമായൊരു ഭാഗമാണെന്ന് അവിടെ ശ്രീരാമസ്വാമി ശബരിയോട് പറയുകയാണ് എന്റെ ശബരി തീർത്ഥസ്നാനതപോധാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദി അഖിലകർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി കൊണ്ടൊഴിഞ്ഞുകൊണ്ടൊരു നാളും നാഥേ വളരെ മനോഹരമായിട്ട് പറയുകയാണ് ദേവി കുറേ ചടങ്ങുകളെ കൊണ്ടോ ആചാരങ്ങളെ കൊണ്ടോ മന്ത്രങ്ങൾ ചൊല്ലിയതുകൊണ്ടോ എന്നെ കിട്ടാൻ പോകുന്നില്ലയാണ് പിന്നെ ഭഗവാനെ എങ്ങനെ അങ്ങേ കിട്ടുക എന്നെ കിട്ടാൻ ഭക്തി മാത്രമാണ് വേണ്ടത് അപ്പൊ എന്താ ഭഗവാനെ ഭക്തി പറഞ്ഞ ക്ഷേത്രത്തിൽ പോകുന്നത് ഭക്തിയല്ലേ അവിടെ പ്രദക്ഷിണം വെക്കുന്നത് ഭക്തിയല്ലേ തീർത്ഥം സേവിക്കുന്നത് ഭക്തിയല്ലേ തീർച്ചയായിട്ടും ഭക്തിയാണ് പക്ഷെ ഭക്തി എവിടെ നിന്ന് തുടങ്ങുന്നു ആദ്യം തന്നെ പറയുന്നത് ഭക്തി തുടങ്ങുന്നത് സജ്ജന സംഘം സത്സംഗത്തിലൂടെ തുടങ്ങണം ദേവി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അമ്പലങ്ങളിൽ പോവും അപ്പൊ അമ്പലം എന്ന് പറയുന്നത് ഒരു യാചിക്കാനുള്ള സ്ഥലമായിട്ടില്ല അല്ലെ സ്വാമി ഞങ്ങൾ മുന്നെന്ന് യാചിക്കാറില്ലേ ഉള്ളിൽ പോയിട്ട് യാചിക്കാറുള്ളൂ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ഉള്ളിൽ മുന്നചിക്കുന്നതും ഉള്ളിൽ പോയി യാചിക്കുന്നതും എന്ത് വ്യത്യാസമുണ്ട് ഒരു യാചകൻ ഇങ്ങനെ ഒരാളോട് ഒരു രൂപ ചോദിച്ചു സാർ ഒരു രണ്ട് രൂപ തരും ഒരു ചായ അഴിക്കാനാണ് സാർ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് രണ്ട് രൂപ പോയിട്ട് നിനക്ക് ഭ്രാന്ത് ഉണ്ടോ വെച്ചു അല്ലേ അത് അങ്ങേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അല്ല സാർ ഒരു രൂപയെങ്കിലും തരും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ചായയ്ക്കുള്ള കാശെങ്കിലും തന്നോട് മേൽ എൻ്റെ ഉള്ളിലൊരു കാശില്ല എന്നുള്ളത് സാർ ചൂടാവേണ്ട അമ്പത് വയസ്സ് തന്നാൽ മതി സാറിന് എഴു താനെ രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കും എൻ്റെ അടുത്ത് അമ്പത് പൈസയില്ല എന്ന് എന്നാ സാറൊരു കാര്യം ചെയ്യൂ സാറ് വടി പിടിച്ചോളൂ ഞാൻ പാത്രം പിടിച്ചോളാം നമുക്ക് രണ്ടുപേർ കൂടെ നിൽക്കാതെ ഇതാണ് അവസ്ഥ നല്ല വ്യത്യാസമൊന്നുമില്ല മുന്നിൽ യാചിക്കുന്നവനും ഉള്ളിൽ പോയി യാചിക്കുന്നവനും തമ്മിൽ പടിപടിയായിട്ട് നമ്മൾ ഉയരണമെങ്കിൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം അത് സാധിച്ചത് പ്രഹ്ലാദന സാധിച്ചത് ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം ഇങ്ങനെ നമ്മൾ പടിപടിയായിട്ട് ഉയരണമെന്ന് പറയാം ഏതായാലും ഇപ്രകാരം ഈ ഉപാഖ്യാനം കഴിയും അവിടെ വെച്ച് നാരദ മഹർഷിയോട് ധർമ്മപുത്രൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അങ്ങ് സനാതനധർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് അടുത്ത അധ്യായങ്ങളിലൂടെ വിസ്തരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിസ്തരിക്കാനുള്ള സമയം നമുക്ക് അനുവദനീയമല്ലാത്തതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് കാണാം വളരെ സൂക്ഷ്മമായിട്ട് പറയുകയാണ് ഭാരതത്തിലെ ആചാര്യന്മാർ മാത്രമാണ് നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളത് വേറെ സംസ്കാരത്തിലും നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല ഇപ്പോഴും ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോവലാണ് ലക്ഷ്യം അപ്പൊ സ്വർഗത്തിലേക്ക് പോവണമെങ്കിൽ ശവം പോലും പെട്ടിയിൽ കവറടക്കണമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിനിടയിലൊക്കെ വലിയ കൺഫ്യൂഷനാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ യുദ്ധത്തിൽ തീയിട്ട് എന്താണ് നമ്മളെപ്പോലെ ദഹിപ്പിക്കുമ്പോഴൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് പള്ളിയിൽ അങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ജീസസ് അവർക്ക് മുക്തി കൊടുക്കൂ എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷനുണ്ട് എയ്ഡ്സ് ബാധിച്ച ക്രിസ്ത്യാനികളെ പെട്ടിയിൽ കബറടക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ പള്ളിയുടെ ഒരു ശാസനമുണ്ട് അപ്പോൾ എയ്ഡ്സ് ബാധിച്ച ക്രിസ്ത്യാനികളെയൊക്കെ അവർ കത്തിച്ചു കളയുക ചെയ്യുന്നത് കാരണം മറ്റ് അവിടെ പെട്ടിക്കിടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ എയ്ഡ്സ് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ കത്തിച്ചു കളഞ്ഞ ക്രിസ്ത്യാനികൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമോ കാരണം ബോഡിയില്ല ഈ കൺഫ്യൂഷനൊക്കെ അവർക്കുണ്ട് പറയാണ് നോക്കൂ നമുക്ക് അങ്ങനെയുള്ള വല്ല കൺഫ്യൂഷനുണ്ടോ നിങ്ങൾ കത്തിച്ചാലും കുഴപ്പമില്ല വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല ഇനി കുഴിച്ചിട്ടാലും കുഴപ്പമില്ല ഒന്നും ചെയ്യാതെ അവിടെ ജീർണിച്ച് അളിഞ്ഞു പോയാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് അവരിലൊക്കെ ഞാൻ കമ്പയർ ചെയ്യല്ല ഒരാൾ ദിവ്യനായി തീരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി ദിവ്യനായി തീരാറില്ല എന്നാൽ ഭാരതീയ സംസ്കാരം അതിൽ നിന്ന് എത്രയോ പടിയുയരെയാണ് നമ്മുടെ വ്യക്തമായി ആചാര്യന്മാർ പറഞ്ഞു തരുന്നു എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം മോക്ഷമാണ് ഇത് വ്യക്തമായി പറഞ്ഞു നമ്മുടെ ആചാര്യന്മാർ മോക്ഷം എന്ന് പറയുന്നതോ അതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു ക്രിസ്ത്യൻ സംസ്കാരം ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഹിന്ദു സംസ്കാരം വളരെയധികം താഴ്ന്നു പോയൊരു കാലഘട്ടത്തിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ഹിന്ദു സംസ്കാരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നതിനെക്കുറിച്ച് നമുക്കുള്ള ഒരു സങ്കല്പം മരിച്ചുപോയാൽ കിട്ടുന്ന ഒരു കാര്യമാണ് മോക്ഷം പലരും ധരിച്ചിരിക്കുന്നത് എന്നാൽ മരിച്ചതിന് ശേഷമാണ് മോക്ഷം കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മളാരെയും മോക്ഷം ചോദിക്കുകയോ പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ ഇതാണല്ലോ ചോദിക്കുക ഭഗവാനോട് കെട്ടും കെട്ടി ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നതാണല്ലോ വിളിച്ചു അവിടെ ചെല്ലുന്ന സമയത്ത് അയ്യപ്പ സ്വാമി വിചാരിക്കുകയാണ് പാവം പതിനെട്ട് വരുന്നത് ഇക്കൊല്ല ഞാൻ മോക്ഷം കൊടുക്കാമെന്ന് ഇറങ്ങി വന്നിട്ട് സുഹൃത്തേവിടവാ എത്രാമത്തെ വർഷമാണ് ഈ വരുന്നത് ആരാണങ്ങ് ഞാനാണ് ധർമ്മശാസ്താവ് ഭഗവാനെ ഞാൻ പതിനെട്ട് വർഷമായി വരുന്നു നീ പതിനെട്ട് വർഷം എന്താ വിളിച്ചു പറയാറ് സ്വാമിയെ കണ്ടാ മോക്ഷം കിട്ടുന്നത് ശരി ഇക്കൊല്ലാം നിനക്ക് മോക്ഷം തരാൻ പോകണമെന്ന് അയാൾ കാൽക്കൽ വീണ് പറയും അയ്യപ്പ ചതിക്കല്ലേ ഭാര്യയും മക്കൾ അവിടെ കാത്തിരിക്കണമെന്ന് ഇപ്പൊ എനിക്ക് മോക്ഷമൊന്നും വേണ്ടാന്ന് അയാൾക്ക് നല്ല ഉറപ്പാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ അവിടുന്ന് മരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ എത്ര ആത്മാർത്ഥതയാണ് വിളിച്ചു വരുന്നത് സ്വാമിയെ കണ്ട മോക്ഷം വരു കിട്ടുന്നുള്ളത് ആ വിളിച്ചു പറയുന്നതിന് പോലും ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു പറയാനും അതെന്തുകൊണ്ടാണത് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ശരി അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷം എന്നത് മരിക്കുമ്പോഴോ മരിച്ചു പോയതിനു ശേഷമോ കിട്ടുന്നതല്ല മോഹം ക്ഷയിക്കലാണ് മോക്ഷം വളരെ ലളിതമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ നിർവചിക്കും മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ തെറ്റായ ധാരണയെ നശിപ്പിച്ചുകൊണ്ട് ശരിയായ ധാരണയിൽ ജീവിക്കലാണ് മോക്ഷം അപ്പൊ നമ്മൾ ഇപ്പോ ഒരു ധാരണയിൽ ജീവിക്കുന്നുണ്ട് എന്താ ധാരണ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരമുള്ളതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കൂടെയിരിക്കുന്നത് കൊണ്ടാണ് സുഖം ഈ രണ്ട് ധാരണ നമ്മളിൽ ഉറച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കണം ശരീരമുള്ളതുകൊണ്ടാണോ ജീവിതം അതോ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ ഒരു മനസ്സും ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണോ ജീവിതം എൻ്റെ മനസ്സ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് ജീവിതമുണ്ടാവും എനിക്ക് അതെപ്പോഴും നമ്മൾ മറന്നു പോകുന്നു കാര്യം മനസ്സിന് ചിന്തകളില്ലായിരുന്നുവെങ്കിൽ മനസ്സിൻ്റെ ഗതി തെറ്റിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്ക് തെറ്റിയിരുന്നുവെങ്കിൽ ഈ ശരീരം എത്ര സുന്ദരമായാലും നമുക്കതിലൂടെ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യമല്ല പറ്റൂ പറ്റൂ ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടിക്ക് സാധാരണ ഒരു വ്യക്തിയെപ്പോലെ എന്ത് അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അപ്പൊ ശരീരമുള്ളതുകൊണ്ടാണോ ജീവിതമുള്ളത് അല്ലല്ലോ തെറ്റാത്ത ഒരു വഴിതെറ്റാത്ത ഒരു വ്യക്തമായ മനസ്സ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ജീവിതമുള്ളത് ഇനി ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഈശ്വര ചൈതന്യമുള്ളതുകൊണ്ടല്ലേ ജീവിതമുള്ളത് അപ്പോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് ശരീരം ഉണരുന്നത് മനസ്സുള്ളതുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് മനസ്സ് ഉറങ്ങിപ്പോയാൽ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യല്ല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി ഉറപ്പിക്കാൻ സാധിച്ചാൽ ഈ ധാരണയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ മനസ്സാണ് വാസ്തവത്തിൽ ജീവിതത്തെ ജീവിതമാക്കി തരുന്നതെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ബാലൻസാണ് ജീവിതം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ മനസ്സിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും എല്ലാം വരുമ്പോൾ എന്റെ മനസ്സിൻ്റെ താളം തെറ്റാതെ എനിക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ശരിയായ ജീവിതം എന്ന് പറയുന്നത് ശരിയാണോ പറയുന്നത് ചിന്തിക്കൂ ഈ ധാരണയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ശരീരത്തിലാവില്ല നമ്മുടെ ശ്രദ്ധ എവിടേക്ക് വരും നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ ആ ധാരണയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഭഗവത് ഭക്തി വേണം രണ്ട് നല്ല വിവേകം വേണം ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സാണ് കടന്നു പോകുന്നത് എന്റെ മനസ്സാണ് അസ്വസ്ഥമാവുന്നത് എന്റെ മനസ്സിനെ ഞാൻ തന്നെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ആ നിമിഷം ഓർമ്മ വന്നാൽ നമുക്ക് മനസ്സിൻ്റെ താളം തെറ്റാതെ സൂക്ഷിക്കാൻ പറ്റും മനസ്സിലായി ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഒരാൾ നമ്മൾ അപമാനിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നടക്കാൻ സാധിക്കും ഒരാൾ നിങ്ങളെ ഫോൺ ചെയ്തിട്ട് നാല് ചീത്ത വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും അങ്ങനെ പറയേണ്ടതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോവും നീ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കി അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പറയാൻ തുടങ്ങും പിന്നെ ഇങ്ങോട്ട് വീട്ടിൽ തറവാടായി കുടുംബമായി അങ്ങനെ ഒരു വീട്ടിൽ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പൊ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു അച്ഛ വേൾഡ് വാർ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് യുദ്ധം തുടനെ അച്ഛൻ പറയാണ് അമ്മ വീട്ടിൽ ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് അമ്മ ടീച്ചറാണ് അച്ഛൻ വേറെ ഉദ്യോഗസ്ഥനാണ് അപ്പൊ അച്ഛൻ പറയാണ് മോനെ ഈ വേൾഡ് വാർ എങ്ങനെയുണ്ടാവണെന്ന് വെച്ചാൽ സപ്പോസ് ഇന്ത്യയും ജാപ്പാനും തമ്മിലൊരു അതിർത്തി തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക ഇത് കേട്ടപ്പോൾ അമ്മ ഉറക്ക വിളിച്ച് പറയാണ് നിങ്ങളാ പൊട്ടത്തരുന്നോ ആ കുട്ടിയെ പറഞ്ഞു കൊടുക്കേണ്ട ഇന്ത്യയും ജാപ്പാനും ഒരിക്കലും അതിർത്തി തർക്കം ഉണ്ടാവില്ല എന്ന് അതെവിടെ ഉടനെ അദ്ദേഹം പറയാണ് എടി നീ എന്തിനെ വേണ്ടാത്തതിൽ ഇടപെടണം ഞാനവനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നീ എന്തിനെ വേണ്ടാത്തിൽ നീ നിന്റെ ചപ്പാത്തി വരുത്തുന്ന പണിയിൽ ഇടപെട്ടാൽ നീ എന്തിനാ ഇതിലേക്കൊക്കെ ഇടപെട്ടണത് ഉടനെ ഭാര്യ പറയാണ് നിങ്ങളോ തലതിരിഞ്ഞു പോയി എന്തിനാ കൂടി തലതിരിക്കണത് പാവം അവനെങ്കിലും ഒന്ന് അറിയിക്കോട്ടെ ആ കുട്ടിയുടെ വഴി എടി നീ നിന്നോട് നിന്നോ നിന്റെ പണിയെടുക്കാൻ ഞാൻ പറഞ്ഞു വേണ്ടാത്തതിൽ ഇടപെണ്ടാന്ന് നീ എന്നെ കൊണ്ട് നീ ദേഷ്യം പിടിപ്പിക്കേണ്ടതാണ് ഇവിടുന്ന് ഭർത്താവ് ഉടനെ തന്നെ ഭാര്യ അവിടുന്ന് അലറി നിങ്ങളെപ്പോലെ ഒരു കഴുത എൻ്റെ തലയിൽ ഈശ്വര എന്തിനാ വിച്ച് കെട്ടിയെന്ന് എനിക്കറിയില്ല എന്റെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പെഞ്ഞി പാവം കുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തിനാ ഒരു അന്തകനായിട്ട് പറഞ്ഞയച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ അങ്ങോട്ട് തുടങ്ങി അത് കേട്ട ഇദ്ദേഹത്തിനങ്ങോട്ട് പിടിച്ചു കഴിപിടിച്ചു നീ എന്താ പറഞ്ഞത് സ്കെയിലൊക്കെ ആയിട്ട് ഇനി നീ വല്ലതും പറഞ്ഞാലല്ലോ എന്റെ സ്വഭാവം ഞാൻ മോനുണ്ടെന്ന് നോക്കില്ല ഒന്ന് പിടയ്ക്കുന്നതിനായിരുന്നു ഉടനെ ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്നെ പിടയ്ക്ക് ഇന്ന ഒന്ന് കാണണല്ലോ എന്റെ പേര് ജാനകി എന്നാണെങ്കിൽ ഇന്ന ഒന്ന് കാണാലോന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ടുവന്നിരിക്കുന്ന ചപ്പാത്തിക്കോല് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ടുപേരും തറവാടും കുടുംബവും അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുട്ടി ഇടയിൽ പറഞ്ഞു അച്ചാ ഇനി പറയണ്ട എങ്ങനെ യുദ്ധം ഉണ്ടാവണതെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെ യുദ്ധം തുടങ്ങണതെന്ന് ഇതാണ് അവസ്ഥ നമുക്ക് നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകണോ പറയാണ് ആർക്കാണോ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് അതാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മോക്ഷം ശരീരത്തിനല്ല മനസ്സിനാണ് വേണ്ടത് മനസ്സിന്റെ തെറ്റായ ധാരണകളെ മാറ്റി ശരിയായ ധാരണയിൽ അതിന് കൊണ്ടു നടക്കാൻ സാധിക്കണം അതെങ്ങനെ സാധിക്കും അതിലേക്ക് ഉയരണമെങ്കിൽ ജീവിതത്തെ ഒരു സമ്പ്രദായത്തിൽ കൊണ്ടു നടക്കണം ഈ സമ്പ്രദായത്തെയാണ് നമ്മുടെ പൂർവികന്മാര് പുരുഷാർത്ഥം എന്ന് വിളിച്ചത് പുരുഷൻ അർത്ഥിക്കേണ്ടത് പുരുഷൻ കൊണ്ടു നടക്കേണ്ടത് അതേതാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം അതായത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാമം എന്നുള്ളത് കാരണം കാമത്തിലൂടെയാണ് നമ്മൾ പുറത്തു വന്നത് പലതിനോടുമുള്ള ആസക്തി നമ്മുടെ ഉള്ളിൽ പ്രബലമാണ് അപ്പൊ കാമത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം രണ്ട് കാമങ്ങൾ അനുഭവിക്കാൻ വേണ്ടത് അർത്ഥമാണ് സമ്പത്താണ് അതിനോടുള്ള സമീപനം എന്തായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വ്യക്തമായി തീരണം എന്താ ഇപ്പോൾ നമ്മുടെ സമീപനം എന്താണ് നമ്മൾ റോങ് കാൽക്കുലേഷനില ജീവിക്കുന്നത് പണമുണ്ടോ സുഖങ്ങളുണ്ട് ജീവിതത്തിൽ സുഖമുണ്ട് പണം ഇസ് ഇക്വൾ ടു പണം പ്ലസ് സൗകര്യങ്ങൾ ഇസ് ഇക്വൾ ടു സുഖം ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ എല്ലാത്തിന്റെയും അടിസ്ഥാനം പണമാണ് പണം ഒന്നുമില്ല പണമുണ്ടോ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുണ്ട് അതുണ്ട് പക്ഷേ നമ്മൾ മറന്നു പോകണോ പണം ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സുഖമില്ല ആയുസ് ആരോഗ്യം വേണം ഭാഗ്യം വേണം സ്നേഹം വേണം എല്ലാ പണവും സൗകര്യങ്ങളും സൗകര്യങ്ങളും വീട്ടിലുണ്ട് സ്നേഹിക്കാൻ ആരുമില്ല എന്തിനു കൊള്ളാം ആ ജീവിതം ശരില്ലേ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൊണ്ട് പൂർത്തിയാവുന്നില്ല പണം കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ തൃപ്തിയടയും എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉയർന്നതുകൊണ്ടാണ് പാശ്ചാത്യരുടെ ജീവിതം നോക്കൂ നിങ്ങൾ അമേരിക്കയിൽ പട്ടികളില്ലാത്ത വീടുണ്ടാവില്ല കാരണം മനുഷ്യനോ അവരെ സ്നേഹിക്കുന്നില്ല പിന്നെ പട്ടിയുടെ കൂടെ ജീവിതം കിടപ്പും പട്ടികളുടെ കൂടെ നടപ്പും പട്ടികളുടെ കൂടെ എല്ലാം പട്ടികളാണ് നോക്കൂ നിങ്ങളിവിടെ അലഞ്ഞുതിരിയുന്ന പാശ്ചാത്യരെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ എന്തുകൊണ്ട് കാരണം പണത്തിൻ്റെ അപ്പോൾ എത്തിക്കഴിഞ്ഞു മനസ്സിലായി ഇനി അതുകൊണ്ടൊന്നും നേടാനില്ല എന്നുള്ളത് ശരീരത്തിന് കുറേ രോഗങ്ങളും കുറേ പ്രശ്നങ്ങളും മാനസികമായ ഒരുപാട് വിഷമങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുഖമനുഭവിക്കാൻ പണമല്ല വലുത് സുഖമനുഭവിക്കാൻ വേണ്ടത് നല്ല സ്നേഹം നിറഞ്ഞൊരു മനസ്സാണ് എന്നുള്ളത് മനസ്സിന്റെ താളം തെറ്റിയാൽ പിന്നെ പണം ഉണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല മനസ്സിലാവട്ടോ ഇത് വലിയൊരു പരമാർത്ഥമാണ് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മുടെ ഭാഗ്യവാന്മാരാണ് ശരി അപ്പോ പണത്തോടും കാമത്തോടുമുള്ള നമ്മുടെ സമീപനം ധർമ്മത്തിലൂന്നിയതാവണം ധർമ്മം എന്ന് പറഞ്ഞാൽ ധരതി ഇതി ധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞു ധർമ്മം എന്നുള്ള ഭഗവാനെ ധരിച്ചുകൊണ്ടായിരിക്കണം ധർമ്മത്തിൽ അർത്ഥത്തിലൂടെയും കാമത്തിലൂടെയും കടന്നു എന്ന് വെച്ചാൽ എന്താണ് ഭഗവത് സ്മരണയിലൂടെ നമ്മൾ കാമം അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും കാമത്തിലൂടെ തൃപ്തിപ്പെടാൻ എനിക്ക് സാധ്യയിലാണ് അർത്ഥത്തിലൂടെ തൃപ്തിപ്പെടാൻ എനിക്ക് സാധ്യലാണ് അപ്പൊ വീട്ടിലിരുന്ന് കിട്ടുന്ന ഒരു സുഖത്തേക്കാൾ വലുത് അർത്ഥവും കാമവും ഇല്ലാതെ ഭഗവത് സന്നിധിയിൽ വന്ന് ആ നടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പൊ അവിടെ പണവും ഒന്നുമില്ല നമ്മുടെ കൂടെ അപ്പൊ ഒന്നുമില്ലാത്തൊരു സമയത്ത് അനുഭവിക്കുന്ന പൂർണ്ണമായൊരു സംതൃപ്തി ഇല്ലേ പൂർണ്ണമായൊരു സുഖം ഒരു ആത്മശാന്തി അത് നമ്മൾ അനുഭവിക്കുന്നത് ഭഗവാനിലേക്ക് തിരിയുമ്പോഴാണെന്നുള്ള വിവേകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ പണവും അതുപോലെ തന്നെ സുഖങ്ങളും നമുക്കൊരു ഭാരമായി തരില്ല അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർക്ക് എല്ലാ സുഖഭോഗങ്ങളും നിറഞ്ഞ വീട് ഒരു ദിവസം കൈകൊട്ടിക്കൊണ്ട് മരവുരി ഉടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ സാധിച്ചത് അവരതിനൊന്നും വില കൽപ്പിച്ചില്ലേ ഇന്ന് നമുക്ക് കാണാം രണ്ട് ചക്രവർത്തിമാര് ഒന്ന് മഹാബുലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയിലെ കഥ രണ്ട് അമ്പരീഷൻ എന്ന് പറയുന്നത് ചക്രവർത്തിയുടെ കഥ ആ അമ്പരീഷനെ സംബന്ധിച്ച് ഭാഗവതത്തിൽ തന്നെ പറയും ഭാര്യമാരുണ്ട് മക്കളുണ്ട് സുഖഭോഗങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും വാസുദേവി ഭഗവതി ഭഗവാൻ വാസുദേവനല്ലാത്ത സമ്പത്ത് സമ്പത്തായി അദ്ദേഹം കണക്കാക്കിയുകയാണ് തന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ മുഴുവൻ ലോഷ്ടവത് സ്മൃതം ഭാഗവതം പറയുന്നു മൺകട്ടയുടെ വിലയെ കൊടുത്തുള്ളൂ സുധേഷുതാരേഷു ഗൃഹേഷു ദീപോത്തമ സ്യന്തന വാജിപത്യഷു അക്ഷയ രത്നാഭരണ അയുധാതിഷു അനന്തകോശേഷു അകരൽ അസത്മതി അതൊക്കെ അസത്തായി അദ്ദേഹം കണ്ടു എന്നാണ് സത്തായി അദ്ദേഹം കണ്ടില്ല എന്നാണ് അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ സ്വയം ചോദിക്കുക ഭക്തിയാണോ എനിക്ക് വിലപ്പെട്ടത് അത് വീട്ടിലുള്ള സുഖഭോഗങ്ങളൊക്കെയാണോ എന്റെ പണമാണോ ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കുക അങ്ങനെ പണമാണ് നമുക്ക് വലുതെങ്കിൽ അത് വല്ലവനും കൊണ്ടുപോയാൽ ഇരുന്ന് കരയും നമ്മൾ അതല്ല കൊണ്ടുപോയതെങ്കിൽ അതൊക്കെ കൊണ്ടുപോയാലും അത് വന്നു അത് പോയി ഞാൻ എന്തിനിരുന്ന് കരയണം ഒരു വിഷമവും നമുക്ക് ഇത് യാജ്ഞവൽക്യൻ എന്നൊരു മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും യാജ്ഞവൽക്യൻ എന്ന് മഹർഷിയുടെ ശിഷ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനും സമ്പന്നനുമായ ജനക മഹാരാജാവ് സീതാദേവിയുടെയൊക്കെ പിതാവ് വളരെ സമ്പന്നം കോടീശ്വരനാണ് അദ്ദേഹം അപ്പൊ ഈ ശിഷ്യന്മാർക്കൊരു സംശയം ഗുരുവിന് ഈ ജനകനോട് ഇത്രയും സ്നേഹം ഉണ്ടാവാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ പണമായിരിക്കില്ലെന്ന് പണമുള്ളവരോട് ഒരു പ്രത്യേക സ്നേഹം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ ഈ ചിന്തയിൽ ശിഷ്യന്മാരിയ്ക്കുകയാണ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എന്ത് സംഭവിച്ചു ജനകൻ ഇങ്ങനെ യാജ്ഞവൽക്കൻ ഇങ്ങനെ വേദവേദാന്ത തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഉടനെ തന്നെ കൊട്ടാരത്തിൽ നിന്നൊരാൾ വന്നിട്ട് ഗുരുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു എനിക്ക് രാജനോടൊരു കാര്യം ഉണർത്തിക്കാനുണ്ടെന്ന് ഓ പറഞ്ഞോളൂ പറഞ്ഞു രാജൻ കൊട്ടാരത്തിന്റെ ഭൂമുഖത്തിന് തീ പിടിച്ചിരിക്കുന്നു ഉടനെ അവിടെ ഇരുന്നു കൊണ്ട് യാതൊരു ചഞ്ചലതയും ഇല്ലാതെ ഇദ്ദേഹം പറയാണ് ജനകൻ പറയാണ് സൗകര്യം ഉണ്ടെങ്കിൽ കെടുത്തിക്കോളൂ നിങ്ങൾക്ക് കെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാനേതായാലും ഇപ്പോൾ വരാൻ പോകുന്നില്ല എന്ന് അവിടെ ഇരുന്നെടുത്ത് ഇരുന്നില്ല ഇറങ്ങി ഇറങ്ങിയില്ല ഇറങ്ങിയില്ല പറയാണ് അത് കഴിഞ്ഞു ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു യാജ്ഞവൽക്കയൻ അപ്പൊ കുട്ടികൾ താമസിക്കുന്ന പർണശാലയ്ക്ക് തീ പിടിച്ചു തീ പിടിച്ചത് കണ്ടപ്പോഴേക്കും ഈ കുട്ടികളൊക്കെ ചാടിയണീട്ട് ഓടാൻ തുടങ്ങി അപ്പൊ ഗുരു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഓടുന്നത് അല്ലെ ഞങ്ങളെ കൗബീനം കത്തിപ്പോകുന്നത് അപ്പൊ ഇവർക്ക് അന്നത്തെ കാലഘട്ട കൗബീനധാരികളാണ് എല്ലാവരും അത് കത്തിപ്പോകുന്നത് അപ്പോഴാണ് ഒരു ദിവസം ഈ യാജ്ഞവൽക്കൻ പറയുന്നത് നിങ്ങളുടെ വിലയില്ലാത്ത കൗപീനം കത്തുമ്പോൾ നിങ്ങൾക്ക് വിലയുള്ളതായി തോന്നി എത്രയോ കോടീശ്വരനായ ആ ചക്രവർത്തി തൻ്റെ കൊട്ടാരം കത്തുന്ന സമയത്ത് പോലും യാതൊരു ചഞ്ചലതയും ഒന്നില്ല അദ്ദേഹത്തിന് അത് വലിയ സമ്പത്തായി തോന്നിയില്ല പറയണം പക്ഷേ നമുക്ക് ആ തലത്തിലേക്കൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ആളുകളാണ് നമ്മളൊക്കെ കാരണം തന്നെയാണത് അതുകൊണ്ട് ഇതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഭക്തിയേക്കാൾ വലിയൊരു സമ്പത്ത് എനിക്കില്ല എന്നൊരു തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബാലൻസ് ചെയ്യാൻ പ്രയാസമില്ല എന്ന് പറയണം എന്തായാലും ധർമ്മ അർത്ഥ കാമമോക്ഷം ഇതിലേക്ക് ഉയരാൻ എന്താ വേണ്ടത് അതിന് രണ്ട് ജീവിത കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ജീവിത രീതിയാണ് വർണ്ണ ആശ്രമ രീതി വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം നമുക്ക് കാണിച്ചു തരികയാണ് നമ്മളിപ്പോ ആരാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളോട് സ്വയം ചോദിക്കാൻ പറയണം ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ് വർണ്ണ ആശ്രമരീതി വേറെ ഒരു സംസ്കാരത്തിലും കാണില്ല വർണ്ണമെന്നാൽ നിറം നർത്തം അതേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട് വർണ്ണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരും പൊതുവെ നമ്മൾ ഒരു ധാരണയിലാണ് ജീവിക്കുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയരും പറയുന്നത് ഉയർന്ന കാശത്താണെന്നും വൈശ്യരും ശൂദ്രൻ പറയുന്നത് താഴ്ന്ന കാശത്താണെന്നും എങ്ങനെയോ നമ്മുടെ ഭാരതത്തിലേക്ക് ആ ഒരു ചിന്തകൾ കടന്നു ശരിയല്ലേ എന്നാൽ ഈ ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്രൻ എന്നത് നമ്മുടെ വൈദിക സാഹിത്യത്തിൽ അല്ലെങ്കിൽ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഉയർന്നവനെന്നും ഒരാൾ താഴ്ന്നവനെന്നും എവിടെയും പറഞ്ഞിട്ടില്ല പൊതുവെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക പുരുഷസൂക്തത്തിലൂടെയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ലേ പുരുഷസൂക്തം അതായത് രാവിലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു വേദസൂക്തമാണ് പുരുഷസൂക്തം അതിലാണ് ഈ മന്ത്രങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ബ്രാഹ്മണൻ എവിടെ നിന്ന് വരണോ ക്ഷത്രിയൻ എവിടെ നിന്നുണ്ടായി വൈശ്യൻ എവിടെ നിന്നുണ്ടായി അതുപോലെ ശൂദ്രൻ എവിടെ നിന്നുണ്ടായി ആ പുരുഷസൂക്തം തുടങ്ങുന്നത് പതിനാറ് മന്ത്രങ്ങളിലെ സൂക്തം തുടങ്ങുന്നതേ ഇങ്ങനെയാണ് ഒരു വിശ്വപുരുഷനെക്കുറിച്ച് പറയുകയാണ് എന്നിട്ട് പറയുന്നു ആ പുരുഷന് അനേകായിരം കണ്ണുകളുണ്ട് അനേകായിരം തലകളുണ്ട് അനേകായിരം കൈകളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പുരുഷസൂക്തത്തിൽ എന്നിട്ട് പറഞ്ഞു പുരുഷ ഏവേതകം സർവം എല്ലാം പുരുഷൻ തന്നെയാണ് ആ പുരുഷന്റെ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത എന്നൊക്കെ പറയും ക്ഷത്രിയൻ കൈകളിൽ നിന്ന് വന്നു ശൂദ്രൻ വൈശ്യൻ ഊരു വന്നു വന്നു പാദങ്ങളിൽ നിന്നും ശൂദ്രൻ വന്നു എന്നൊക്കെ പറയും അപ്പൊ ഒരു വിശ്വപുരുഷനിൽ നിന്ന് ആണ് ഇവരൊക്കെ വന്നതെങ്കിൽ ഇവരൊക്കെ വാസ്തവത്തിൽ ആരാണ് ഒരേ ഈശ്വരിൽ നിന്നാണ് ഇവരൊക്കെ വന്നതെങ്കിൽ അവരൊക്കെ ഒരു ഈശ്വര തത്വം തന്നെയാണ് യാതൊരു തർക്കവുമില്ല അപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ജാതി വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടല്ലേ ഈ കൺഫ്യൂഷനൊക്കെ ലോകത്തിലുണ്ടായത് പ്രത്യേകിച്ച് ഇന്നപ്പോ ആകെ റിസർവേഷനും പോളിസിയും മറ്റൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മനുഷ്യനായിട്ടായിരുന്നു മനുഷ്യനെ കണ്ടിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു സോഷ്യൽ ഇൻജസ്റ്റിസ് ഈ ലോകത്തിലുണ്ടാവില്ലായിരുന്നല്ലോ എന്നാണെങ്കിൽ വാസ്തവത്തിൽ മനുഷ്യനെ വേർതിരിക്കാനല്ല ഇതെഴുതി വെച്ചത് പിന്നെയോ ത്തരും എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചു ഇത് എഴുതി വച്ച് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് പ്രകൃതിയിൽ നാല് തരം മനസ്സുകളുണ്ടെന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാരും ഇത് മനസ്സിൻ്റെ നിറമാണ് ശരീരത്തിൻ്റെ നിറവോ ശരീരത്തിൻ്റെ ജന്മം കൊണ്ടുണ്ടാവുന്നതോ അല്ല അത് പൂർണ്ണമായും അല്ലാതെ പറയുകയാണ് പക്ഷേ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ അർജുനൻ ക്ഷത്രിയനാണ് ഭഗവാൻ കൃഷ്ണൻ ക്ഷത്രിയനാണ് ശ്രീരാമസ്വാമി ക്ഷത്രിയനാണെന്നൊക്കെ പറയുന്നതോ ക്ഷത്രിയ മനസ്സ് ആ മനസ്സ് ക്ഷാത്രവീര്യമുള്ളതാണെങ്കിൽ അത് ശരീരത്തിലൂടെ പ്രകടമാവും അത് ശരീരത്തിൻ്റെ സ്വഭാവമാണ് ശരീരം ഒരു മനസ്സിനെ പ്രകടമാക്കാനുള്ള ഉപകരണമാണ് ഇതുപോലെ ബൾബിനെ പോലെ ബൾബും ഫിലമെന്റും പോലെയാണ് ആ ബന്ധം എന്ന് പറയുന്നത് ഫിലമെന്റിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ അതിൽ പ്രകാശിക്കുന്ന പ്രകാശം ബൾബിലൂടെ പ്രകടമാവുന്നു ഇതുപോലെ ശരീരം ഒരു ബൾബ് പോലെയാണ് മനസ്സ് ഫിലമെൻറ്റ് പോലെയാണ് അതിൻ്റെ സ്വഭാവം ശരീരത്തിലൂടെ പ്രകടമാവുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മുന്നിലൊരു കുട്ടി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ മനസ്സിലാവരുത് ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് എങ്ങനെയാണ് സംസാരിക്കുക തേ നീ എപ്പോഴാണ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കൂ ഇല്ല നിങ്ങളുടെ മനസ്സപ്പോഴേക്ക് ഒരു കുട്ടിയുടെ ഭാവത്തിലേക്ക് വരും എപ്പോഴാ കൂട്ടം വന്നത് എപ്പോഴാ മോള് വന്നത് മോളുടെ പേരെന്താണ് മോൻ്റെ പേരെന്താ കൊഞ്ചും നമ്മൾ ഇല്ലേ നേരെ മറിച്ച് തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴാ മുത്തശ്ശൻ വന്നത് നിങ്ങളും ചോദിക്കില്ല നിങ്ങളുടെ മനസ്സ് ആ മുത്തശ്ശന്റെ ഒരു ഭാവത്തിലേക്ക് ഉയരുന്നവരെയാണ് ഒരു സീരിയസ്നെസ്സിലേക്ക് വരും ഇല്ല തീർച്ചയായിട്ടും ചിന്തിക്കും നിങ്ങളുടെ വീട്ടിലൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോ നിങ്ങളേത് രീതിയിലാണ് പെരുമാറുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പെരുമാറുക അപ്പൊ നിങ്ങളുടെ മനസ്സ് ആ ഭാവത്തിലേക്ക് ഉയരും മനസ്സേത് ഭാവത്തിലേക്ക് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കും ശരിയാണോ പറയുന്നത് ശരീരം മനസ്സിന് പ്രതികരിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റാണ് മനസ്സിലാണ് വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഇരിക്കുന്നത് അപ്പൊ ആരാ ശൂദ്രൻ എപ്പോഴും ദുഃഖിക്കുന്നവരെയാണ് ശൂദ്രൻ എന്ന് പറയുക ശോചതി ഇതീ ശൂദ്രഹാണ് ശോചിക്കുന്നവർ എന്ത് കിട്ടിയാലും പോരാ പോരാ പോരാ പോരാ പോരാ പോരാ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരൊക്കെ ശൂദ്രന്മാരാണ് ദുഃഖിക്കുന്നവരൊക്കെ ശൂദ്രന്മാരാണ് അപ്പൊ ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ എപ്പോ നമ്മൾ ദുഃഖിക്കുന്നു അപ്പോ നമ്മൾ ശൂദ്രനാണ് ശോചിക്കുന്നവൻ ശൂദ്രൻ അതിൽ നിന്നും ഒരുപടി ഉയർന്നവനാണ് വൈശ്യൻ വൈശ്യ എന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾക്ക് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരെയാണ് വൈശ്യൻ എന്ന് പറയും എപ്പോ നമ്മൾ നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു നമ്മൾ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു അവരൊക്കെ വൈശ്യന്മാരാണ് താൻ തന്റെ കുടുംബം ഇതിൽ ചിന്തിക്കുന്ന ഒതുങ്ങി ചിന്തിക്കുന്നവരൊക്കെയാണ് വൈശ്യന്മാരെന്ന് പറയുന്നത് അതിൽ നിന്നും മനസ്സ് കുറേയും കൂടി ഉയർന്ന് ഒരു സമൂഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന മനസ്സിനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ മനസ്സൊരിക്കലും തന്നിലോ കുടുംബ കുടുംബത്തിലോ കുരുങ്ങി നിൽക്കുന്നില്ല അവൻ സമൂഹത്തെക്കുറിച്ച് മുഴുവൻ ചിന്തിക്കുന്നു ഒരു സമൂഹത്തിൻ്റെ സംരക്ഷണം മുഴുവൻ വരുന്നു പറയാൻ അവരുടെ മനസ്സ് കുറേ കൂടി വിശാലമായി തീരുന്നു അതിൽ നിന്നും കുറേ കൂടി ഉയർന്നവനാണ് കൂടുതൽ ഉയർന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയാണ് ബ്രാഹ്മണനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ നിൽക്കുന്നു ഈശ്വര പ്രേമത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ബ്രാഹ്മണ സന്തു നിർഭയ ബ്രാഹ്മണൻ ഭയത്തിൽ നിന്ന് മുക്തനാണെന്ന് ശാസ്ത്രം പറയുന്നു അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണുളിട്ടവനാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ പിന്നീടുണ്ടായിത്തീർന്നതാണ് അതെങ്ങനെയോ സോഷ്യൽ ഇൻജസ്റ്റിസ് പിന്നീടുണ്ടാക്കി തീർന്നതാണ് നമ്മുടെ പൂർവികന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിനെ വ്യാഖ്യാനിച്ച ആദ്യത്തെ വ്യക്തി ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ തസ്യ കർത്താരമാം വി തസ്യ കർത്താരമാം ഞാൻ അതിന്റെ കർത്താവാണ് ഞാൻ അതിന്റെ അകർത്താവാണ് എന്ന് പറഞ്ഞ് ആദ്യം ചാതുർവർണ്യത്തെ നിർവചിച്ച ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മനസ്സിലാവുണ്ടല്ലോ ഭാരതത്തിന്റെ മഹത്വം ഇതാണ് നമ്മൾ ജാതി നോക്കിയിട്ടല്ല ആളുകളെ പൂജിച്ചത് ഇത് ഭാരതത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ക്രിസ്ത്യാനികൾ നിങ്ങൾ നോക്കൂ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു പെന്തക്കോസ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഒരു ഡിവൈൻ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ കാത്തോലിക്കിനെതുവരെ സാധിച്ചിട്ടില്ല ഈ ജന്മ സാധിക്കില്ല നേരെ മറിച്ച് കാട്ടാളനായിട്ട് നടന്ന ഒരു രത്നാകരനെ വാത്മീകി ഋഷിയിട്ട് പൂജിക്കാൻ സാധിച്ചത് നമുക്ക് മാത്രമാണ് ഒരു മുക്കുവന്റെ ഗർഭത്തിലൂടെ പുറത്തുവന്ന മുക്കുവ സ്ത്രീയിലൂടെ പ്രകടമായ ഒരു വ്യാസരെ ഗുരുക്കന്മാരിലും ഗുരുവായിട്ട് പൂജിക്കാൻ സാധിച്ച ഒരു ഭാരതീയർ മാത്രമാണ് ഒരു ശബരീദേവിയെ കാട്ടുജാതിക്കാടിയെ ശബരീദേവിയെ പൂജിക്കാൻ സാധിച്ചത് ഭാരതീയർക്ക് മാത്രമാണ് വേറെ ആർക്കും സാധിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഒരു നാരായണ ഗുരുദേവനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭാരതീയർക്ക് പ്രയാസമില്ല ശങ്കരാചാര്യ പൂജിക്കുന്നത് പോലെ നാരായണ ഗുരുദേവനെ നമ്മൾ പൂജിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ ദിവ്യത്വവും കൊണ്ട് മനസ്സിലായില്ലേ ഈ ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ മാത്രം ഒരു മഹത്വമാണ് പക്ഷെ ഇന്ന് നമുക്കതൊന്നും ഉൾക്കൊള്ളുന്നില്ല നമ്മളതിലേക്കൊന്നും കയറുന്നില്ല നമ്മളതൊന്നൊക്കെ വീണ്ടും വീണ്ടും ഈ ജാതി സ്പിരിറ്റൊക്കെ മനുഷ്യനിലേക്ക് വീണ്ടും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പറയാം ഏതായാലും ഇതൊക്കെ ഒരു വ്യക്തിയെ ഏത് ജാതിക്കാരനെന്ന് പറയാനല്ല മറിച്ച് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു ഞാൻ ദുഃഖിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണോ സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരാണോ എൻ്റെ മനസ്സ് കുറേ കൂടി വിശാലമാവുന്നുണ്ടോ നന്മയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എല്ലാം ഈശ്വര ഭക്തിയിലെപ്പോഴും ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ബ്രാഹ്മണനായിത്തീരുന്നു അതുകൊണ്ട് നിസ്സംശയം നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു ജന്മനാ ജായതേ ശൂദ്ര എല്ലാരും ജന്മനാ ശൂദ്രന്മാരാണ് കാരണം കരഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തു വരുന്നത് അവ ശോചിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തു വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മളിൽ പരിവർത്തനം വന്ന് നമ്മൾ ഓരോരുത്തരും വൈശ്വരാകുന്നു ക്ഷത്രിയരാവുന്നു പിന്നെ സംസ്കാരാൽ ധിജ ഉച്ചതേ ജ്ഞാനാൽ ബ്രാഹ്മണ ഉച്ചതേ ജ്ഞാനത്താലവൻ ബ്രാഹ്മണനായിത്തീരുന്നു എന്ന് പറയണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കേണ്ട പരിവർത്തനങ്ങളാണെന്ന് കാണിച്ചു വരികയാണ് ഇത് തന്നെയല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞത് ഐൻസ്റ്റീൻ പറഞ്ഞു ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാക്കാം പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നെഗറ്റീവ് ആക്കാം എനർജിയെ നിങ്ങൾക്ക് മാറ്ററാക്കാം മാറ്ററിനെ നിങ്ങൾക്ക് വീണ്ടും എനർജിയാക്കാം പറ്റുന്നു ഇതുപോലെ ശൂദ്രനായിരിക്കുന്ന മനസ്സിനെ വൈശനാക്കാം വൈശനായിരിക്കുന്ന മനസ്സിനെ ക്ഷത്രിയനാക്കാം ക്ഷത്രിയനായിരിക്കുന്ന മനസ്സിനെ ബ്രാഹ്മണ്യത്വത്തിലേക്ക് ഉയർത്താൻ സാധിക്കും മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും ബ്രാഹ്മണ ബ്രാഹ്മണ്യത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നിർഭയത്വം കൈവരിച്ചു ശരി അതിലേക്ക് ഉയരാനെന്താ മാർഗം അതിലേക്ക് ഉയരാനുള്ള മാർഗമാണ് ആശ്രമ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നാല് ആശ്രമ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നു ഏതാണത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതൊരു ജീവിത രീതിയാണ് ആദ്യം തന്നെ ബ്രഹ്മചര്യ എന്ന് പറയുന്നത് ബ്രഹ്മചര്യെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പിൽ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം കൈവരിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത് വീര്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേടുന്ന വിദ്യാഭ്യാസം എന്ന വീര്യം എന്ന് പറഞ്ഞാൽ ബീജം ബീജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓജസ്സും തേജസ്സും നഷ്ടപ്പെടുന്നതാണ് അപ്പൊ അത് നളയുന്നതിന് മുമ്പ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേടുന്ന വിദ്യാഭ്യാസത്തെ ബ്രഹ്മചര്യം എന്ന് സൂക്ഷ്മമായിട്ട് നിർവചിക്കും പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു നിർവചനം വെച്ചാൽ ശരിയാവില്ല കാരണം നമ്മളൊക്കെ ഇത് തുടങ്ങുന്നത് തന്നെ കല്യാണമൊക്കെ കഴിച്ചിട്ടാണ് ഭാഗവതം പഠിക്കാൻ തന്നെ ആരംഭിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നമ്മളോടൊക്കെ ഈ ബീജം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ അടച്ചു വെച്ചിട്ട് വരും പോയി സ്വാമി തൊലഞ്ഞു ഞാൻ അടുത്ത ജന്മം നോക്കാന്ന് നമ്മളിത് അടച്ചു വെച്ച് പോകാൻ തുടങ്ങും അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികന്മാര് അതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വ്യാഖ്യാനിക്കും ബ്രഹ്മത്തെ അറിഞ്ഞ് ആചരിക്കാൻ തുടങ്ങുന്ന ജീവിതത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയാം അതായത് ഈശ്വരപ്രേമം വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രയത്നിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ അത് ബ്രഹ്മചര്യം അപ്പൊ അങ്ങനെ ഒരു നിർവചനം എന്നാൽ ഞാനും നിങ്ങളും അതിൽപ്പെട്ടു മനസ്സിലായില്ലേ കാരണം ഇനി കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളൊക്കെ ഭഗവത് പ്രേമത്തെ വളർത്തിയെടുക്കാൻ പ്രയത്നിക്കുന്നവരാണ് അതുകൊണ്ട് ബ്രഹ്മചരികൾ അത് കഴിഞ്ഞിട്ട് ഗാർഹസ്ഥ്യത്തെ നിർവചിക്കുകയാണ് ഗൃഹസ്ഥ ജീവിതം ഗൃഹസ്ഥ ആശ്രമം പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നത് നമ്മുടെ പൂർവികന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച ജീവിതം ഇവിടെ സുസ്ഥിരമാവും എന്ന ധാരണ ഉറപ്പിക്കാനല്ല ഉള്ളിലുള്ള കാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രകൃതിയിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിലൂടെ കടന്നു പോവാൻ അപ്പം ഉള്ളിലുള്ള വികാരങ്ങളെ പ്രകടമാക്കാനും വികാരങ്ങളുടെ പരിമിതിയെ മനസ്സിലാക്കി വികാരങ്ങളിൽ നിന്ന് അതിവർത്തിക്കാനുമാണ് വിവാഹം കഴിക്കേണ്ടത് പറയാനും അപ്പോ ഗൃഹസ്ഥ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സ്നേഹവും സ്നേഹത്തിൻ്റെ പരിധികളും നമ്മൾ മനസ്സിലാവും കാമവും കാമത്തിൻ്റെ പരിധികളും നമ്മൾ മനസ്സിലാക്കും ഇങ്ങനെ ഓരോ വികാരത്തിൻ്റെയും അനുഭവങ്ങളും അതിൻ്റെ പരിധികളും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കടന്നു സാധിക്കും അതിലൂടെ ഉയരാനും സാധിക്കും അതിൽ നിന്ന് ഉയരാത്തൊരു വ്യക്തി മരിക്കുമ്പോഴും ഉള്ളിൽ കാമനകൾ വെച്ച് മരിച്ചു പോയാൽ വീണ്ടും കാമനകൾ അനുഭവിക്കാൻ വരണമെന്ന് പറയാം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ചൈനയിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു ശാസ്ത്രജ്ഞന് നോബൽ പ്രൈസ് കൊടുക്കേണ്ടായി അവിടുത്തെ ഏറ്റവും ഉന്നത ബഹുമതി അപ്പൊ അദ്ദേഹത്തെ ആ ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി എന്താ സംഭവം അന്ന് അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രത്തിലിത് വളരെ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അപ്പൊ റിപ്പോർട്ട് ഇദ്ദേഹത്തെ ഒരു ടി വി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയാണ് അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നോബൽ പ്രൈസ് കിട്ടുമ്പോ എന്തായിരുന്നു അങ്ങയുടെ അനുഭൂതി എന്ന് അദ്ദേഹം പറയാം നോബൽ പ്രൈസ് കിട്ടുമ്പോഴായിരുന്നില്ല അനുഭൂതി ഇരുപത്തഞ്ച് വയസ്സുള്ള ഈ കുട്ടി എന്നെ കല്യാണം കഴിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വയസ്സെത്രയാ നോക്കണം തൊണ്ണൂറ് വയസ്സാണ് അപ്പൊ നോക്കൂ ആ കാമ അപ്പോഴും മനസ്സിൽ കടന്ന് കളിക്കണോ പറയാണ് അപ്പൊ കാമത്തിലൂടെ കടന്നു പോവാനും കാമത്തെ അതിവർത്തിക്കാനും സാധിക്കേണ്ട ഒരു ആശ്രമ ജീവിതമാണ് ഗാർഹസ്ഥ്യ ജീവിതം എന്ന് നമ്മുടെ പൂർവികന്മാർ പറയുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർക്ക് രണ്ടും മൂന്നും ഭക്തിമാർ വിവാഹം കഴിക്കാനും അതിലൊക്കെ പുത്രോൽപാദനം ചെയ്യാനും ഒരു ദിവസം അവിടെ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവാനും സാധിച്ചത് അത് നമുക്കിന്ന് ഒൻപതാമത്തെ അധ്യായത്തിൽ യയാദി ചരിതത്തിലൂടെ കാണാൻ സാധിക്കും രണ്ട് ഒരു വിവാഹം കഴിച്ച് വേറൊരു ഭാര്യയിലൂടെ മക്കളെയൊക്കെ ഉണ്ടായി അവസാനം ശാപം കിട്ടി ശാപത്തിൽ നിന്ന് മുക്തനാവാൻ മക്കളിൽ നിന്ന് യൗവനം യാചിച്ച് അവസാനം യയാതി ഒരു അനുഭവം പറയുന്നത് എന്താണ് നാമകാമാനാം ഉപഭോഗേന ചാമ്യതി ഹവിഷ കൃഷ്ണവത്മേന ഭൂയയേവാഭി വർദ്ധതി കാമത്തെ ഒരിക്കലും ആർക്കും അനുഭവിച്ച് തൃപ്തിപ്പെടാൻ ഇന്നേവരെ ഈ ദുനിയാവിൽ സാധിച്ചിട്ടില്ല ഈ ലോകത്തിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് വേദം മനസ്സിലാക്കൂ എപ്പോഴകാരമാണോ കത്തി ഉയരുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് കാമം അനുഭവിക്കും തോറും മനസ്സ് പറയും ഇനിയും അനുഭവിക്കണം ഇനിയും അനുഭവിക്കണം ഇനിയും അനുഭവിക്കണം പിന്നെ കുറെ കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കും അവശമാവും അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതിലൂടെ ഒന്നും ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് എന്ത് വേദം കാമത്തിലൂടെ കടന്നുപോയി കാമത്തെ അതിവർത്തിക്കണം ആ വിവേകം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമത്തിലേക്ക് കടക്കാം അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വനത്തിലേക്ക് നയിക്കുക പണ്ട് വനത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ഇറങ്ങിപ്പോകലായിരുന്നു ഇന്നിപ്പോൾ വനം ഇല്ലാത്തതുകൊണ്ട് അതിന് വേറെ വ്യാഖ്യാനം എഴുതണം ഉള്ള വനമൊക്കെ ഇപ്പോ വെട്ടി അവിടെ വനമൊന്നുമില്ല ഒക്കെ റബ്ബർ എസ്റ്റേറ്റുകളായി അവിടെ നമ്മൾ തപസ് ചെയ്യാൻ പോയി അവർ നമ്മൾ ടാപ്പ് ചെയ്യാൻ പറയും ജോലിക്ക് ആളെ കിട്ടാത്താൽ അതുകൊണ്ട് അന്നത്തെ വ്യാഖ്യാനം മാറ്റിയേ പറ്റുള്ളൂ ഇന്ന് നമ്മൾ പുതിയ വ്യാഖ്യാനം അതിന് കൽപ്പിക്കണം അപ്പൊ എന്താ വനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മറ്റൊരു പേരാണ് വനം എന്ന് പറഞ്ഞാൽ വനം എന്ന് വിളിക്കുന്നത് ഭഗവാനൊരു പേരുണ്ട് വനമാല ധരിച്ചവൻ ഭഗവാനാണ് അപ്പൊ വനം എന്ന് പറഞ്ഞാൽ ഭഗവാനാണെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ മക്കളൊക്കെ വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിച്ചാൽ പിന്നെ ഹണിമോൺ അന്വേഷിച്ച് നടക്കരുത് പിന്നെ വീണ്ടും വിവാഹ ജീവിതത്തിന്റെ ആ സ്പിരിറ്റിൽ ജീവിക്കരുത് പിന്നെ ജീവിക്കേണ്ടത് ഈശ്വര പ്രേമത്തിലൂന്നിട്ട് മാത്രമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ഭാരമായി തീരില്ല ഒരു ദിവസം ഭർത്താവ് മരിച്ചു പോയാലും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല കാരണം ആ മനസ്സ് ഈശ്വരനിലേക്ക് ഉയർന്നു എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കും ഭാര്യ മരിക്കുമ്പോഴും ഭർത്താവിനും വിഷമം ഉണ്ടാവില്ല ആ മനസ്സ് ഈശ്വരനിലേക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതല്ല ഇടയ്ക്ക് വെച്ച് ഭാര്യ മറ മരിച്ചു പോയാൽ എൺപത് വയസ്സായാലും ഇനിയിപ്പോൾ എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ നോക്കും അപ്പോഴാണ് നമ്മൾ കാണാം ഇടയ്ക്ക് അടുത്ത കാലത്ത് എവിടെ ഒരു പാലക്കാടാണ് ഒരു സ്ത്രീയുടെ കല്യാണം തോന്നും അമ്പത്തെട്ട് വയസ്സായിട്ടുള്ളവർക്ക് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തവരെ എന്തുകൊണ്ടാണിത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊക്കെ തോന്നുമ്പോഴാണ് ആരെങ്കിലും കൂടെ വേണമെന്നൊക്കെയുള്ള തോന്നൽ വരുന്നത് അപ്പൊ ഈശ്വരൻ കൂടെയുണ്ട് ദൃഢമായ ബോധ്യം വന്നു ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും ആ പക്വതയിലേക്ക് ഉയരാൻ പറ്റും മനസ്സിലാക്കി വിട്ടേക്ക് വിട്ടേക്കും ഞാൻ പലതും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോവും എനിക്കറിയാം മനസ്സിലാക്കി അതുകൊണ്ട് വലിയ പ്രശ്നം ഈ റഫറൻസ് പറയുമ്പോൾ അപ്പം പോവും മനസ്സ് എനിക്കറിയാം എവിടെയെങ്കിലുമൊക്കെ കല്യാണം നടന്നിട്ടുണ്ടാവുമെന്നുള്ളത് ഞാൻ മുള്ളുണ്ട് മുള്ളുണ്ട സ്ഥലത്തിൽ കല്യാണം കണ്ട് അനുഗ്രഹിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അത്തരം പറയുന്നത് അപ്പോൾ ആ ഇൻസെക്യൂരിറ്റി തോന്നുമെന്ന് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിനെ ഇപ്പോഴേ നമ്മളിങ്ങനെ കൊണ്ടുപോകണം ഒരു പ്ലെയിൻ ഇറങ്ങുന്നത് പോലെ മനസ്സിനെ കൊണ്ടുപോകണം പ്ലെയിൻ ഇറങ്ങുന്ന സമയത്ത് എത്രയോ കിലോമീറ്റർ അകലെ വെച്ചിട്ട് അയാൾ പതുക്കെ പതുക്കെ താഴ്ത്തി താഴ്ത്തി താഴ്ത്തി താഴ്ത്തി താഴ്ത്തി താഴ്ത്തി എന്നിട്ടാണ് റൺവേയിൽ വെച്ചിട്ട് അദ്ദേഹം ആ പ്ലെയിനെ നിർത്തുന്നത് ഇതുപോലെ എന്റെ മനസ്സൊരു ദിവസം എല്ലാം വിട്ട് ഭഗവാനിൽ ഉറപ്പിക്കണം അതിനുള്ള അഭ്യാസം നമ്മൾ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെ വിട്ടുപോയാലും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല വിടുന്നതൊക്കെ ശാരീരികമാണെന്ന് നമുക്ക് കാണാം മാനസികമായി ആർക്കും എവിടേക്കും പോവാൻ സാധ്യല്ല ശരീരം എടുക്കുന്നതിന് മുമ്പ് മനസ്സുണ്ട് ശരീരത്തെ കൊണ്ടു ശരീരം വിട്ടാൽ അവശേഷിക്കുന്നതും മനസ്സാണ് പിന്നെ നാം ദുഃഖിക്കുന്നത് ആരെക്കുറിച്ച് ശരീരത്തെക്കുറിച്ചോ അങ്ങനെ ശിശുവിന്റെ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ ആ ബാലന്റെ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ കൗമാര ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായിരുന്നില്ലേ അതൊക്കെ പോയില്ലേ അപ്പൊ അതിനെക്കുറിച്ചൊന്നും നാം ദുഃഖിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ചിരുന്ന് എന്തിന് ദുഃഖിക്കണം ആവശ്യം എന്തുണ്ട് അതൊക്കെ വിവേകത്തോടുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ഇപ്രകാരം അതും കഴിഞ്ഞതിന് ശേഷം അവസാനം എത്തിച്ചേരേണ്ട ആശ്രമമാണ് സന്യാസ ആശ്രമം സന്യാസം എന്നതും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചൊന്ന് സന്യാസിമാരെ എത്രത്തോളം കളിയാക്കാൻ പറ്റും രീതിയിലാണ് കാര്യങ്ങൾ അവർ സന്യാസി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ സിദ്ധന ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് ഇപ്പൊ അടുത്ത പേപ്പറിലുണ്ടായിരുന്നു ഒരു കൊണ്ടോട്ടിയിലെടുത്തൊരു സിദ്ധൻ ഒരു പെണ്ണിനെ ഒരു ഫോറിനർ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ അപ്പൊ നമ്മൾ വളരെ വളരെ ഇതായിട്ട് കാണുമ്പോ സന്യാസി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തെറ്റായിട്ട് വരിക സന്യാസം എന്നത് വസ്ത്രത്തിലല്ല സന്യാസം പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ശാസ്ത്രപരിചയമില്ല അതുകൊണ്ട് ഭഗവാൻ സന്യാസത്ത് നിർവചിക്കുന്നത് ആറാം അധ്യായത്തിൽ പറയും അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോദ്യ സന്യാസി അവിടെ നിർവചിച്ചു വെച്ചിട്ടുണ്ട് വീണ്ടും ശങ്കരാചാര്യർ കാവ്യവസ്ത്രം ധരിക്കുന്നതിനെയാണ് സന്യാസം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ട് പറയും ജഡിലോ മുണ്ടി ലുഞ്ചിതേശ കാ ഉദരനിമിത്തം ബഹുകൃത ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതേ അപ്പോ കഷണ്ടിയായിട്ട് അല്ലെങ്കിൽ കാവ്യവസ്ത്രം ധരിച്ച് ഇതൊന്നുമല്ല സന്യാസം ഇതൊക്കെ വെറും സന്യാസത്തിൻ്റെ മോക്രി കാട്ടിക്കൂട്ടലുകളാണെന്ന് പറയുന്നത് പിന്നെ സന്യാസം എന്ന് പറയുന്നതോ അത് മനസ്സിൻ്റെ പക്വതയാണ് എന്താണ് സന്യാസം ഈ പദം വളരെ രസമാണ് ന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യണം ത്യജിക്കുകയാണ് എന്തിനെയാണ് ത്യാഗം ചെയ്യേണ്ടത് അസത്യത്തെ ത്യാഗം ചെയ്ത് സത്യത്തെ ധരിച്ച് ജീവിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുക അപ്പൊ ഞാനും നിങ്ങളും ഈ ശരീരം മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ബന്ധുമിത്രങ്ങളൊക്കെയാണ് സുഖത്തിനുള്ള കാരണം എന്ന തെറ്റായ ധാരണ ത്യാഗം ചെയ്ത് ഈശ്വരനുള്ളതുകൊണ്ടാണ് ജീവിതം നടക്കുന്നതെന്ന ധാരണയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തരും ആരായി സന്യാസിമാർ ഇനി മറ്റൊരർത്ഥം ന്യാസം ഉറപ്പിക്കുക എന്നൊരർത്ഥമുണ്ട് ന്യസിക്കുക എന്നുള്ളത് ഉറപ്പിക്കുക സ ന്യാസം എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക അതായത് ഭഗവത് പ്രേമത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക അതാണായി ആണാവട്ടെ പെണ്ണാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അച്ഛനാവട്ടെ ആരാവട്ടെ വേഷം ധരിച്ചവനാവട്ടെ വേഷമില്ലാത്തവനാവട്ടെ ആർക്കിത് സാധിക്കുന്നുവോ അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ് സന്യാസിമാരാണ് ഈ രീതിയിലൊക്കെ നാം കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഇവിടെ വച്ച് ജീവിച്ചിരിക്കുമ്പോഴേ മുക്തിയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതം ഉറപ്പു പറയുകയാണ് പാരിട മനസ്സാണോ ഭഗവത് പ്രേമത്തിൽ ദൃഢമായിത്തീരുന്നത് അവർ ഈ ശരീരം വിട്ടുപോയാൽ തീർച്ചയായിട്ടും അന്തേ നാരായണ സ്മൃതി വന്നു കഴിഞ്ഞാൽ പോകുന്നതും ആരുടെ അടുത്തേക്ക് പോകണം നാരായണനിലേക്ക് പോകണം അവർക്കെവിടെയാണ് ദുർഗതിയുള്ളത് അവർക്കെവിടെയാണ് അദോഗതിയുള്ളത് ഇനി ജനിക്കേണ്ടി വന്നാൽ പോലും ഏത് ശരീരം എടുക്കേണ്ടി വന്നാൽ പോലും തീർച്ചയായിട്ടും ജനന സമയം അവർക്ക് ഓർമ്മയുണ്ടാവും ഞാൻ ആരാണ് ബോധം എന്താണ് സത്യം നല്ല ബോധം അവർക്കൊരിക്കലും തെറ്റിദ്ധാരണയുടെ ഒരു ജീവിതം ഉണ്ടാവില്ല അങ്ങനെ അവരുടെ ജീവിതം മറ്റുള്ളവർക്കും അനുഗ്രഹീതമായി തീരും എന്ന് പറഞ്ഞ് ഏഴാമത്തെ ഈ സ്കന്ധം നമ്മൾ ഉപസംരിപ്പിക്കുകയാണ് ഇനി നമ്മൾ എട്ടാമത്തെ സ്കന്ധത്തിലേക്കാണ് കിടക്കുന്നത് എട്ടാമത്തെ സ്കന്ധം ആരംഭിക്കുന്ന തന്നെ സ്വയംഭൂമനുവിന്റെ വനപ്രവേശം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നാണല്ലോ ചരിതം മുഴുവൻ തുടങ്ങിയത് ആദ്യത്തെ മനുഷ്യ പ്രജകളായിരുന്നു സ്വായം ഭൂവമനും ശതരൂപാദേവിയെന്നും അവർക്ക് അഞ്ചു മക്കളുണ്ടായെന്നും ഓരോരുത്തരുടെയും വംശചരിതം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നിട്ട് ആ സ്വായം ഭൂവമനവും ശതരൂപാദേവിയും ഏത് സ്വയംഭൂമനും ശതരൂപാദേവിയും ആദ്യത്തെ മനുഷ്യപ്രജകൾ രണ്ടാമത് എത്രയോ അവതാര പുരുഷന്മാർക്കും മുത്തശ്ശനായി തീരുന്ന സ്വായംഭൂമനും കപില ആ വംശത്തിന്റെ മുഴുവൻ മുത്തശ്ശനായിരിക്കുന്ന സ്വായം ഒരു ദിവസം ഭാര്യയോട് പറയാണ് ദേവി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം എങ്ങോട്ടാ പോവേണ്ടത് അവരെങ്ങോട്ടാ പോവാൻ നിശ്ചയിച്ചത് വിരക്ത കാമഭോഗു ചതരൂപാപതിപ്രഭൂ വിസൃജരാജ്യം തപസേ സഭാരിയാവനമാവിശൽ ഭാര്യയെയും കൂട്ടി വനത്തിലേക്ക് പോയി ജീവിച്ചിരിക്കുമ്പോഴേ അവർ വിവേകത്തോടുകൂടി ജീവിച്ചുകൊണ്ടാണ് ഒരു ദിവസം വീട് വിട്ടുപോകാൻ അവർക്ക് സാധിച്ചത് അപ്പൊ നമുക്കിന്ന് വീട് വിട്ടു പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മൾ വിവേകത്തിൽ ജീവിക്കില്ല നമ്മളോട് മക്കൾ പറയാണ് ഇനി നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും ഗുരുവായൂരപ്പ ഇങ്ങനെ ഒരു മക്കൾ എനിക്ക് തന്നല്ലോ അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഭഗവാനെ ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ടവനാണ് ഞാൻ എന്നൊരു ഭാ ധാരണയും ഭാവനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ കൂളായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയിരുന്നു ഭക്ഷണം ഉണ്ടാവില്ല പക്ഷെ ഇന്ന് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല കാരണം വില പിടിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ കിടക്കുകയാണ് അതൊക്കെ എങ്ങനെ ഇട്ടിറിഞ്ഞിട്ട് പോവുക ഒരു വീട്ടിലൊരു അമ്മാവനുണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് അതാമസം ഇദ്ദേഹം എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ വീട്ടിന്റെ ജനവാതിലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് പുറത്തിറങ്ങും ആളുകൾക്ക് മനസ്സിലായി ഇയാൾക്ക് വട്ടാണെന്ന് കാരണം ഒരാളും പുറത്തിറങ്ങുമ്പോൾ വീടിന്റെ വാതിൽ തുറന്നിട്ട് പോവാറില്ല എപ്പോ ഇയാൾ വീട്ടിൻ്റെ ഉള്ളിലെത്തിയോ ജനവാതിലും വാതിൽ അരച്ചു അപ്പോൾ ഉറപ്പായി ഇയാൾക്ക് കുഴപ്പമുണ്ടോ എന്നുള്ളത് അപ്പൊ ഒരു ദിവസം ആ നാട്ടുകാർ ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല അമ്മാവ സാധാരണ എല്ലാവരും വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോഴല്ലേ വാതിലും ജനവാതിലും കിടക്കുക അങ്ങെന്താണ് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ തുറന്നിടണോ ഉള്ളിൽ കയറി അതൊക്കെ കുറ്റിയിരിക്കണോ എന്താ അതിന്റെ രഹസ്യം എന്താ അതിൻ്റെ കാരണം ഉടനെ അമ്മാവൻ പറയാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ കുട്ടികളെ എന്ന് എന്താ അമ്മാവ മനസ്സിലാക്കാനുള്ളത് എന്റെ വീട്ടിൽ ഏറ്റവും വില കൂടിയ ഞാനാണ് അപ്പൊ എപ്പോ ഞാൻ പുറത്തുപോയോ വില കുടിച്ച വീട്ടിൽ നിന്ന് അപ്പൊ തുറന്നിട്ട് അതിനകത്ത് വില പിടിച്ചു പോയൊന്നുമില്ല എപ്പോ ഞാൻ വീട്ടിന്റെ അകത്ത് കയറിയോ ഏറ്റവും വില കൂടിയ സാധനം ഞാനായതുകൊണ്ട് കുറ്റിയിട്ടൊക്കെ കിടക്കണം നമുക്ക് നേരെ വിപരീതമായി തീർന്നിരിക്കണം ഏറ്റവും വില സാധനം ഉള്ളു കിടക്കാം ഏറ്റവും വിലയില്ലാത്തൊരു വസ്തു പുറത്തലഞ്ഞ് തിരിഞ്ഞ് അടക്കുന്നത് അതാണ് നമ്മൾ ഓരോരുത്തർ പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ആ വിലപിടിച്ച സാധനങ്ങളിലൊക്കെ മനസ്സ് വയ്ക്കുക കാരണം ഇപ്പോ നമുക്കങ്ങോട്ട് വിട്ട് പിരിയാൻ പറ്റുന്നില്ല ഒരു സ്ത്രീ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുടെ ചെയിൻ പൊട്ടിച്ച ഒരാള് അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചാൽ എത്ര പവിച്ച ആൾക്കാരൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി ഇവർക്ക് യാതൊരു വിഷമവും ഇല്ല ഇവരിങ്ങനെ വളരെ കൂളായിട്ടിരിക്കുന്നുണ്ട് ചോദിച്ച എത്ര പവനാണെന്ന് അപ്പോൾ ഇവരിങ്ങനെ ഏ പൊയ്ക്കൊണ്ട സാരമില്ല എന്ന് അപ്പം തന്നെ ആൾക്കാർക്ക് ഡൗട്ട് തുടങ്ങി ഇതെന്താ സംഗതി ഇവർക്ക് യാതൊരു കുലുക്കുമില്ല ഒരു ചെയിനൊക്കെ പൊട്ടിച്ചിട്ട് ബഹളം വയ്ക്കണില്ല അപ്പോൾ ഒരു സ്ത്രീ അടുത്തിരുന്ന സ്ത്രീ പറയുന്നത് അതിൻ്റെ കനം കണ്ടിട്ട് അഞ്ച് പവൻ ഉണ്ടാവുമെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വേറൊരു സ്ത്രീ അത്രയൊന്നും ഉണ്ടാവില്ല രണ്ട് പവനേ ഉണ്ടാവില്ല കാരം ഒറ്റയടിക്കാവും പൊട്ടിച്ചില്ല എന്ന് ഇതൊക്കെ കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഒരു കുലുക്കുമില്ല അപ്പൊ ആളുകൾ പറഞ്ഞു ഈ ബസ് നിർത്തു ബസ് നിർത്തുമെന്ന് ഇപ്പൊ കണ്ടക്ടറും ഡ്രൈവറും ഈ സ്ത്രീയുടെ മകത്ത് നോക്കി ഏ പോയിക്കോട്ടെ വണ്ടി പോയിക്കോട്ടെ പാവുന്ന നന്നാവട്ടെ എന്ന് അവ എല്ലാവർക്കും അത്ഭുതം തോന്നി ഇത്രയൊക്കെ വില പിടിച്ചൊരു ചെയിൻ ഒരു യാതൊരു കൊലുക്കില്ല എന്ന് അപ്പൊ അടുത്തിരുന്ന സ്ത്രീ ചോദിച്ചു അതെത്ര പവനാണ് അത്രയൊന്നുമില്ല നൂറ്റൻപത് രൂപയുള്ളൂ എന്ന് സാധനമാണ് അപ്പൊ വിലയില്ല അത്ര സാധനം കൊണ്ടുപോയാൽ പിന്നെ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാവും അപ്പൊ നമുക്കതൊക്കെ വസ്തുക്കളായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥരായിത്തീരുന്നത് ശരി കാട്ടിലേക്ക് പോയി എന്നാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത് അവർ പുതിയ റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ തുടങ്ങിയ ബിസിനസ് ഇല്ല എന്നിപ്പോൾ കാട് എന്നൊക്കെ പറഞ്ഞ റിസോർട്ടുകളാണല്ലോ ഇദ്ദേഹം ഭാര്യയോട് പറയുന്നത് എൻ്റെ ഭാര്യയെ രണ്ട് പരമസത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നിനക്ക് നിന്നെ രക്ഷപ്പെടുത്താം എന്താണത് ഏന ചേനയ ദേ വിശ്ചേതയേ വിശ്വം വിശ്വം ചേത ഏന ചേതയ ദേ വിശ്വം വിശ്വം യോ ജാഗത്തിയം വേദസ ആദ്യം അറിയേണ്ടത് ഈ വിശ്വം മുഴുവൻ ചൈതന്യവത്തായി തീർക്കുന്നത് ആരാണ് ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പരസ്പരം കാണാനും കേൾക്കാനും സാധിക്കുന്നത് പറയുന്നു മനസ്സ് എന്നൊരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ചെവിയിലൂടെ കേൾക്കാനോ കണ്ണിലൂടെ കാണാനോ തൊക്കിലൂടെ സ്പർശമറിയാനോ നമുക്ക് ഓരോരുത്തർക്കും സാധ്യതയുണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് ആ ചൂടറിയുന്നത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും വീശില്ല ആ വീശുന്നതിന്റെ കാരണം തന്നെ ഉണർന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് മനസ്സിലായില്ലേ ഉണർന്നിരുന്നെങ്കിൽ ഉറങ്ങിയിരുന്നെങ്കിൽ ഒരു ചൂട് ഒരു പ്രശ്നമല്ല ഏ ആ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ട് വിശ്വമുണ്ട് വിശ്വം എന്ന് പറഞ്ഞാൽ ലോക അനുഭവമുണ്ട് ഈ ഫാൻ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വീശുന്നുണ്ട് പുസ്തകം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭാഗവതെടുത്ത് വീശും അതിന്റെ മുമ്പ് അത് ഓൺ ചെയ്യാൻ നല്ലത് മനസ്സിലായി അപ്പോ ഇങ്ങനെ മനസ്സുള്ളതുകൊണ്ടാണ് ലോകാനുഭവങ്ങൾ ഉള്ളതെന്ന് ദേവി ആദ്യം ഉറപ്പിക്കണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ആവർത്തിക്കുന്നു ഞാനതിനെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് ോകാനുഭവങ്ങളൊക്കെ എനിക്കുള്ളത് അതായത് നമ്മൾ സ്വയം നമ്മളോട് പറയുക എൻ്റെ മനസ്സ് ഉണരുന്നത് എനിക്ക് ഭാര്യയുള്ളത് എനിക്ക് ഭർത്താവുള്ളത് മക്കളുള്ളത് പണമുള്ളത് എല്ലാമുള്ളത് എൻ്റെ മനസ്സ് ഉണർന്നില്ല എങ്കിൽ പണവുമില്ല ഭാര്യയും ഇല്ല മകനും ഇല്ല അച്ഛനും അമ്മയുമല്ല ഒന്നുമല്ല ശരിയല്ലേ ചിന്തിക്കൂ നല്ലവണ്ണം ചിന്തിക്കൂ മകനുള്ളത് കൊണ്ടല്ല ഞാനുള്ളത് മകളുള്ളതുകൊണ്ടല്ല ഞാനുള്ളത് ഭർത്താവുള്ളതുകൊണ്ടല്ല ഞാനുള്ളത് എന്റെ മനസ്സുള്ളതുകൊണ്ടാണ് അവരൊക്കെ എനിക്ക് ഏതൊരു നിമിഷം എന്റെ മനസ്സില്ലയേ ഒരു ബന്ധവും എനിക്കില്ല എന്റെ വീടില്ല എന്റെ പണമില്ല എന്റെ ഡെപ്പോസിറ്റുകളൊന്നും എനിക്കില്ല പിന്നെ എല്ലാം ബിഗ് സീറോ ഒരു വിലയില്ലാത്ത വസ്തുക്കൾ അപ്പൊ ദേവി ആദ്യം ഇത് മനസ്സിലാക്കുക മനസ്സുള്ളതുകൊണ്ടാണ് നിനക്ക് ഞാൻ പോലും രണ്ട് ഇനി ഈ മനസ്സോ അതേതുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത് ആ മനസ്സ് വ്യാപിച്ചിരിക്കുന്നത് ആരിലാണ് പറയണോ ആത്മാവാസ്യമിതം വിശ്വം ജഗത്യം ജഗത് തേനേന സിദ്ധനം ആ മനസ്സ് നിൽക്കുന്നത് ഒരു ഈശ്വര ചൈതന്യത്തിലാണ് അതിനെ ആത്മാവെന്ന് വിളിക്കുന്നു ആത്മചൈതന്യത്തിലാണ് ഇത് നിറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് രണ്ട് സത്യങ്ങളാണ് ഒന്ന് മനസ്സും രണ്ട് ആത്മാവും ആത്മാവും എന്ന് പറഞ്ഞാൽ ഈശ്വര എന്ന് പറഞ്ഞാൽ തെറ്റാണ് ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നല്ല പറയേണ്ടത് ശരീരം നിൽക്കുന്നത് രണ്ട് ശക്തികളിലാണ് ഒന്ന് മനസ്സിലും പിന്നെ ഈശ്വര ആ മനസ്സ് നിൽക്കുന്നത് ഈശ്വര ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും ഉറക്കത്തിൽ മനസ്സില്ല ഈശ്വര അതുകൊണ്ടാണ് മനസ്സിന് ഉണർന്നു വരാൻ പറ്റുന്നത് മനസ്സുണർന്നാലേ ശരീരം ഉണരുള്ളൂ അപ്പൊ മനസ്സ് ശരീരം എവിടെ നിൽക്കുന്നു മനസ്സുണർന്നാലേ ശരീരത്തിനുണരാൻ പറ്റുള്ളൂ എങ്കിൽ മനസ്സിലാണ് ആര് നിൽക്കുന്നത് ശരീര അത് നമുക്ക് വ്യക്തമായി ഇനി മനസ്സുറങ്ങുമ്പോഴും നമ്മളിൽ ഈശ്വര ചൈതന്യമുള്ളതുകൊണ്ടാണ് മനസ്സിന് ഉണരാനും ഉറങ്ങാനും സാധിക്കുന്നത് അപ്പൊ മനസ്സ് എവിടെ നിൽക്കുന്നു ആ ഈശ്വര ചൈതന്യത്തിലാണ് അതും നമുക്ക് മനസ്സിലാവും വീണ്ടും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് കാലിനൊരു ഓപ്പറേഷൻ വേണമെന്ന് വിചാരിക്കുക കാലിനെ മാത്രം അനസ്തീശ ചെയ്ത് ഡോക്ടർ മരവിപ്പിക്കുന്നു അപ്പൊ നമ്മൾ വേദനകളൊന്നും അറിയുന്നില്ല ശരീരത്തിന്റെ മറ്റേത് ഭാഗം തൊട്ടാലും നമുക്ക് വേദന ഉണ്ടാവും കാലിൽ മാത്രം വേദനയില്ല കാലിൽ മനസ്സിന്റെ പ്രവർത്തനമില്ല പക്ഷേ കാലിൽ ഈശ്വര ചൈതന്യം അപ്പോഴും ഉണ്ട് ശരിയല്ലേ ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണല്ലോ ആ കാലിനപ്പുറം എന്താണ് പല പ്രവർത്തനങ്ങളും അതിലൂടെ നടക്കുന്നത് ബ്ലഡ് സർക്കുലേഷനും അതും ഇതൊക്കെ പലതും നടക്കുന്നത് ഈശ്വര ചൈതന്യം ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഡോക്ടർക്കും ഒന്നും ചെയ്യാൻ സാധ്യല്ല ആ സെല്ലുകളൊക്കെ റിവൈവ് ചെയ്ത് നിൽക്കുന്നത് കാരണം അത് ഈ ജീവസുറ്റതായിട്ട് നിൽക്കുന്നത് കാരണമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് സെല്ലുകളൊക്കെ നശിച്ചിരുന്നെങ്കിലൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യല്ല അപ്പോൾ മനസ്സ് വിട്ടുപോയാലും ജീവന്റെ ചൈതന്യം നിൽക്കും അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ണെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് മനസ്സ് ശരീരത്തിൽ വേണമെന്നില്ല അയാളുടെ കണ്ണുകൾ എടുക്കുമ്പോഴൊക്ക് വേദനയൊന്നും ഉണ്ടാവില്ല കാരണം മനസ്സില്ല മനസ്സ് വിട്ടുപോയി അപ്പോഴും ഈശ്വര ചൈതന്യം വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് ആ കണ്ണിലപ്പോഴും ലൈഫിൻ്റെ കിരണങ്ങളുണ്ട് വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ സാധിക്കും മനസ്സിലാവുണ്ടോ ഇതൊക്കെ മോഡേൺ സയൻസ് പോലും സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ മനസ്സാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് അത് ഈശ്വര ചൈതന്യത്തിലാണ് നിൽക്കുന്നത് അത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു നമ്മുടെ ഒരു മുടിയുടെ ഇഴ വലിച്ചു തലയിൽ വേദനയുണ്ട് കാലിന്റെ നഖം വലിച്ചു അവിടെയും വേദനയുണ്ട് അതായത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് മനസ്സിലാണ് ആ മനസ്സ് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഈശ്വര ഇത് ദേവി നല്ലവണ്ണം മനസ്സിലാക്കി ഇനി മനസ്സിലാക്കേണ്ടത് ശരീരം മാറിയപ്പോഴും മനസ്സിനും ചൈതന്യത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ ഇനി ഈ ശരീരം വീണുപോയാലും മനസ്സിനും ആ ഈശ്വര ചൈതന്യത്തിനും യാതൊന്നും സംഭവിക്കില്ല